ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഭാവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് ഈ വളവിലും തിരുവിലും എല്ലാറ്റിലും സുഖം വാ ദുഃഖം ആത്മോപമ്യേന ആത്മ സാദൃശ്യം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു സമം എല്ലാറ്റിനെയും സമത്വ സമമായിട്ട് സമ പറഞ്ഞാൽ അറിയുക എന്നത് തെറ്റിദ്ധരിക്കരുത് ഈ തെറ്റിദ്ധാരണയ്ക്കാണ് സ്വാമി എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ശ്രമം നടത്തുന്നത് അല്ലെങ്കിൽ അതിനാണ് ഊന്നൽ നൽകുന്നത് നമുക്കുണ്ട് സുഖം വരുമ്പം ദുഃഖമായിട്ടിരിക്കുക ദുഃഖം വരുമ്പം സുഖമായിട്ടിരിക്കാൻ പറയുക അങ്ങനെ പരിശീലിപ്പിക്കുക അങ്ങനെയല്ല അധികം ചിരിക്കേണ്ട ഉടനെ കരയേണ്ടി വരും അങ്ങനെ പറയാതിരിക്കൂ ദയവ് ചെയ്തിട്ട് ചിരിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ ചിരിക്കൂ കരയേണ്ട സമയത്ത് കരയും സമം സമം ഇഹ പശ്യതി ആരാണോ കാണുന്നത് സ്വയോഗി അവൻ യോഗിയാണ് പരമഹ ഇതി മേമത ഉത്തമൻ എന്ന് എൻ്റെ അഭിപ്രായം ഇതിനെയാണ് സ്വാമി ഉപനിഷത് മന്ത്രവുമായിട്ട് ഉപനിഷത്തിലെ ശാന്തിമന്ത്രവുമായിട്ട് സാമ്യപ്പെടുത്തി ഇതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ എന്താ പറയുക ഒരു തൃപ്തി കിട്ടും എന്താ ഉപനിഷത്തിലെ ശാന്തിമന്ത്രം ലളിതമാണ് നിങ്ങൾക്കറിയുന്നതാണ് നമ്മൾ ദിവസവും ചൊല്ലുന്നതാണ് ദിവസവും ചൊല്ലുന്ന ഉപനിഷത്തിലെ ശാന്തിമന്ത്ര ഏതാ ഇവിടെ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൻ പൂർണ്ണമുദച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത ഓം പൂർണ്ണ അത പൂർണ്ണം അത് പൂർണ്ണമാണ് ഏത് ഏതെന്നിൽ നിന്നാണ് ഈ വിശ്വം പ്രകടമായത് ണുന്ന ജഗത്തിന് കാരണമായി നിലകൊണ്ടത് ഏതൊന്നാണ് അതിനെ ഉപനിഷത്ത് അതെന്ന് പറയുന്നു അത് പൂർണ്ണമാണ് പൂർണ്ണമായതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ആവിർഭവിച്ചത് പൂർണ്ണാത് പൂർണ്ണം ഉതച്ചത് പൂർണ്ണമായ ആ വിശ്വത്തിൽ നിന്ന് ഇതാ ഇതുണ്ടായി അത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അറിയോ എന്താണത് എന്ന് അത് എന്ന് പറയുമ്പം നിഗൂഢമാണ് എന്ന് പറയുക അത് വ്യക്തമല്ല അത് എന്നതിനെ നമുക്ക് എങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ കാരണം അതിന് കുറേ വാക്കുകളുണ്ട് അത് എന്ന് പറയുമ്പം അനന്തമാണ് അല്ലെങ്കിൽ അത് നിഗൂഢമാണ് അല്ലെങ്കിൽ അത് അവ്യക്തമാണ് പക്ഷേ ഭഗവാൻ അതിനെ പറഞ്ഞിട്ട് ഇത് പറയുകയാണ് ഇത് അങ്ങേയറ്റം അഭിവ്യക്തമാണ് ഇത് പ്രകടമാണ് ഇവിടെ ഇത് നമുക്കെന്താണ് അനുഭവയോഗ്യമാണ് ഇത് ഇത് നമുക്ക് നന്നായിട്ടറിയാം ഭഗവാൻ ഇതിന് ഇവിടെ ഭഗവത്ഗീത ഇവിടെ ഊന്നൽ നൽകുന്നത് അല്ലെങ്കിൽ ഉപനിഷത്ത് ഇതും പൂർണ്ണമാണ് ഏതൊന്നാണോ അവ്യക്തമായി നിൽക്കുന്നത് അതിൻ്റെ പൂർണ്ണഭാവം ഇതാ ഇതിനും ഉണ്ട് തീർച്ചയായും ഇത് പൂർണ്ണമാണ് അപൂർണതാ ബോധം കാത്തു സൂക്ഷിക്കുകയേ വേണ്ട അത് ഗീതയുടെ ശാഢ്യമാണ് ഭഗവാന്റെ ശാഢ്യമാണ് ഭഗവാൻ അതിനാ ശാഠ്യം പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ കാരണം നിങ്ങൾ പൂർണ്ണരാണ് നാം പൂർണ്ണരാണ് അപ്പം അത് പൂർണ്ണം ഇത് പൂർണ്ണം പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ആവിർഭവിക്കുന്നു പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്തുമാറ്റിയാൽ പൂർണ്ണമേവ അവശേഷതേ എടുത്തുമാറ്റുക എന്ന് പറയുന്നത് നാമരൂപാദികൾ മാറ്റലാണ് വേറെ ഒന്നും ഇവിടുന്ന് ഇപ്പോൾ വാച്ച് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നത് പോലെയല്ല എടുത്തുമാറ്റൽ ഉപനിഷത്തിലെ എടുത്തുമാറ്റൽ അയഥാർത്ഥ്യമായതിനെ അന്വേഷിക്കുക അന്വേഷിച്ചു കഴിഞ്ഞാൽ അതില്ലാത്തതാണെന്ന് മനസ്സിലാവും അതായത് മായയെ ജയിക്കുക മായ എന്ന് പറഞ്ഞാൽ നാമവും രൂപവും എവിടെ ഭഗവാൻ പറയുന്നത് എന്താണ് സർവത്ര ആത്മാനം പശ്യ എന്ന് പറയുമ്പം ഇതാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണം ഉതച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശേഷ്യതേ അതിൻ്റെ ഫലമാണ് ശാന്തി ശാന്തി ശാന്തി ഒരുവനെ പരമമായ ശാന്തിയിലേക്ക് അത് നയിക്കുന്നു എന്ന് പറയാം അത് പൂർണ്ണമാണെങ്കിൽ ഇതും പൂർണ്ണമാണ് ആരാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെയാണ് ഈ ആറ് അധ്യായത്തിൽ പറയുന്നത് ത്വം എന്നുള്ളതിനെ ത്വം പദത്തെ നീ ആരാകുന്നു അതുകൊണ്ട് അർജുന സകല ജീവികളിലും സുഖത്തെയാവട്ടെ ദുഃഖമാവട്ടെ ആ അനുഭവങ്ങൾ എന്തൊക്കെ വൈരുദ്ധ്യമാർന്നതാകട്ടെ അതിനെയൊക്കെ ആത്മസാദൃശ്യം കൊണ്ട് ആത്മഭാവന കൊണ്ട് സമമായി കണ്ട് ആ കാഴ്ച ഉള്ളവനെ ഞാൻ യോഗി എന്ന് പറയുന്നു അവൻ എന്റെ അഭിപ്രായത്തില് അവൻ ശ്രേഷ്ഠനാണ് എന്ന് പറയാം തുടർന്നു അർജുന ഉവാച യോയം യോഗത്വ പ്രോക്ത സാമ്യേന മധുസൂദന ഏതം നശ്യാമി ചഞ്ചലം സ്ഥിരാ അർജുന ഉവാച ഇത്രയൊക്കെ കേട്ടപ്പോ അർജുനന് ഭഗവാനോട് സംശയമായി ഈ ഭഗവത്ഗീത മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം അർജുനന്റെ സംശയങ്ങളും വളരെ രസകരമാണ് കുറേയും കൂടെ ആഴമുള്ള സംശയങ്ങളിലേക്ക് അർജുനൻ പ്രവേശിക്കുന്നു പറയണോ യഹ അയം യോഗ ത്വ പ്രോക്ത സാമ്യേന ഹേ മധുസൂദന ഏതസ് അഹം നശ്യാമി ചഞ്ചലത്വാത് സ്ഥിതി സ്ഥിരാം അർജുനൻ സത്യസന്ധനാണെന്ന് പറയാം അങ്ങേറ്റം ഈ ഒരു ഈ ഒരു മനോഭാവം ഈ ഒരു സമീപനം നമുക്കും വേണം ഏതില് ഈ വിഷയത്തില് എന്ന് പറയാം നമ്മുടെ ഈ സ്വരൂപത്തെ അറിയുന്നതില് ധ്യാനത്തിലൊക്കെ അർജുനൻ ഭഗവാനോട് പറയണു ഭഗവാനെ മധുസൂദന കൃഷ്ണ സാമ്യേന സാമ്യേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമബുദ്ധിയാലുള്ള സമബുദ്ധി കൈക്കൊണ്ട അതിനെ മുൻനിർത്തിയുള്ള യഹ അയം യോഗ യാതൊന്നാണോ ആ യോഗത്തെ ഈ യോഗത്തെ ത്വയാ പ്രോക്ത അങ്ങയാൽ പറയപ്പെട്ടു അപ്പം ഭഗവാനാൽ പറയപ്പെട്ട യോഗം ഏതൊന്നാണെന്ന് അർജുനൻ നന്നായി മനസ്സിലാക്കി അതെന്താണതിൽ സാമ്യേന ആ സമത്വമാർന്ന സമബുദ്ധിയെ മുൻനിർത്തിയ അങ് പറഞ്ഞ യോഗം എനിക്ക് മനസ്സിലായി ത്വയാ പ്രോക്ത അങ്ങയാൽ പറയപ്പെട്ടു എന്ന് പറയുമ്പം പറഞ്ഞത് മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഏതസ്യ സ്ഥിരാം ഏതസ്യ അങ്ങ് ഈ യോഗസ്യ യോഗത്തിൻ്റെ സ്ഥിരാം ഇളകാത്ത ഉറപ്പുറ്റ് നിശ്ചയമാർന്ന സ്ഥിതിം നിൽപ്പിനെ ഭാവത്തെ ചഞ്ചലത്വാത് മനസ്സിന്റെ ഇളക്കം കാരണം അഹം നശ്യാമി ഭഗവാനെ ഞാൻ കാണുന്നില്ല അങ്ങ് പറഞ്ഞതുണ്ടല്ലോ ഉഗ്ര സംഭവ പക്ഷെ ജമ്മത്ത് നടക്കുന്നു തോന്നുന്നില്ല അതുകൊണ്ട് പറയാൻ ഇത് പറഞ്ഞ നന്നായിട്ട് നല്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ ചിലരൊക്കെ പറയാൻ വളരെ എളുപ്പം നമ്മുടെ ഇതില് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും അർജുനൻ കണ്ടെത്തിയത് അർജുനന്റെ കണ്ടെത്തൽ വളരെ കൃത്യമാണ് എന്താ അർജുനൻ കണ്ടെത്തിയത് ഏത് പ്രശ്നത്തിന്റെയും അടിവേര് മനസ്സിലാണ് ചെന്നെത്തുന്നത് പ്രശ്നങ്ങളുടെ അടിവേര് മനസ്സാണ് എന്ന് ഞാൻ അറിയുന്നു ആ മനസ്സിന്റെ ഇളക്കമാണ് അങ്ങ് ഇളക്കമില്ലാത്ത യോഗത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നുവെങ്കിലും അത് എനിക്ക് അങ്ങോട്ട് ബോധിക്കുന്നില്ല ഇള ഇളകിക്കൊണ്ടിരിക്കുന്നു എന്നതിനാൽ ഇളക്കമില്ലാത്ത ഈ ശാസ്ത്രം എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് എന്താ ഭഗവാന് ഇതിനൊരു വഴി അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് അതിനൊരു ഉണ്മയുണ്ടോ എങ്ങനെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എങ്ങനെ ഇതിനെ അധിവർത്തിക്കാം ഇത്യാദി സംശയങ്ങൾ അർജുനൻ വീണ്ടും ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു ൃംരിവ സുഷരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രതിബലവൃഢം തഹം നിഗ്രഹം മേ വാ ഇവ സുഷരം അതിനർജുനൻ ഭഗവാൻ ഉദാഹരണങ്ങളൊക്കെ നിരത്തിയിട്ടാണ് അർജുനനെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ അർജുനനും തോന്നി ചില ചില ഉദാഹരണങ്ങളൊക്കെ തനിക്ക് അങ്ങോട്ടും ആകാം എന്ന് അതുകൊണ്ട് അർജുനൻ ഭഗവാനോട് പറയാം ഗംഭീര ചോദ്യമാണ് അർജുനൻ്റെ ഇത് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ചോദ്യം അർജുനൻ നമ്മുടെ വക്കാലത്ത് ഏറ്റെടുത്ത വക്കാലത്ത് എടുത്ത ആളാണെന്ന് പറയാം നമുക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ചോദ്യങ്ങൾ മുഴുവൻ ചോദിച്ചത് എന്താ അർജുനന്റെ ചോദ്യം ഭഗവാനെ കൃഷ്ണ എന്തെന്നാൽ മനഹ ചഞ്ചലം അങ്ങ് ആദ്യം അത് മനസ്സിലാക്കൂ മനസ് ചഞ്ചലമാണ് അത് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് തുടക്കത്തിൽ തീരുമാനിച്ചു നൂറ്റിയെട്ട് ദിവസവും ഞാൻ വരുന്നു പിന്നെ വഴുക്ക് കണ്ടിട്ടില്ല ആദ്യത്തെ ദിവസം വിചാരിച്ചു നോക്കാം എന്താ ഇവന്മാരി കാണിക്കുന്നതെന്ന് പിന്നെ വിചാരിച്ചു ഏതായാലും പോയി നോക്കാം എത്ര ദിവസം പറ്റുമോ അത്ര ദിവസം തീരുമാനമൊന്നും എടുക്കുന്നില്ല അങ്ങനെതാ ഇതുവരെ മുടക്കമില്ലാതെ വരാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഉള്ളതുണ്ടാവും ചിലത് വല്ലാതെ ഇങ്ങോട്ട് തീരുമാനിച്ചു കളയും ഗീതായജ്ഞത്തിന് നോട്ടീസ് കിട്ടുമ്പോൾ തന്നെ തീരുമാനിക്കും ഞാൻ നൂറ്റിയെട്ട് ദിവസവും പോകുന്നു തീരുമാനിക്കരുത് അങ്ങനെ കാരണം എന്താണ് ചഞ്ചലം ഇളകുന്നതാ വേറെ ഈ നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ വരും അപ്പൊ മനസ്സങ്ങോട്ടും ചാട്ടം ഇളക്കമുള്ളതാണ് മനഃ ചഞ്ചലം പ്രമാതി ബലവദൃഢം അതെന്താണ് പ്രമാതി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ മതിക്കുന്നതാണതിൽ ഇന്ദ്രന്റെ കഥ കേട്ടിട്ടില്ലേ ഇന്ദ്രന് ഒരിക്കൽ ഒരു വരാഹമായിട്ട് ഇന്ദ്രന് ജനിക്കാനിടയായില്ല അങ്ങനെ ഇന്ദ്രൻ വരാഹമായിട്ട് അങ്ങനെ ആ ചളിയിൽ കിടന്ന് അങ്ങനെ പൊളഞ്ഞു കളിക്കുക കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വരാഹം ചളിയിൽ കിടന്നിങ്ങനെ പൊളഞ്ഞു കളിക്കുന്നത് നമ്മൾ നല്ല മെത്തയിൽ കിടന്ന് കളിക്കുന്നത് പോലെ അത് അതും അതിൻ്റെ കുട്ടികളും അങ്ങനെ കളിക്കുമ്പോ ചെറിയൊരു പി ഒരു ഈ തിരി പോലെ കാണാം വാല് മോളിൽ അത്രയും ഉണ്ടാവുള്ളൂ ബാക്കി മുഴുവനകത്തായിരിക്കും അങ്ങനെ ഇന്ദ്രം കളിക്കുന്നത് നാരദം കണ്ടു എന്നാണ് നാരദം ചോദിച്ചു എന്താ ഇന്ദ്ര നീ മറന്നുപോയോ നീ ആരാണെന്ന് എന്താ ഇവിടെ ഇങ്ങനെ കളിക്കുന്നത് അപ്പോഴേക്ക് ഇന്ദ്രനും ഭാര്യയും കുറെ കുട്ടികളും ഉണ്ട് ഇത് പെട്ടെന്നാണല്ലോ കുട്ടികൾ അപ്പോ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് അപ്പൊ ഇന്ദ്രൻ അതിൽ അങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം ആ ചുറ്റുപാടിൽ ഇത് തന്നെ സ്വർഗം എന്ന് പറയാം നാരതരമായിട്ടുള്ളൊരു സംവാദമുണ്ട് അപ്പൊ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ഹരം രസം നുകർന്ന് പ്രമാതി ബലവ ഇന്ദ്രിയങ്ങളെ മതിക്കുന്നതും മറയ്ക്കുന്നതുമായിട്ടുള്ള ബലവ ശക്തിയാർന്ന ദൃഢം ദൃഢം എന്ന് പറഞ്ഞാൽ പറ്റി നിൽക്കുന്നത് വിട്ടു നിൽക്കാത്ത തസ്യ ഏത് മനസ്സിനെ അർജുനൻ നിർവചിച്ചതാണ് ഒരു മനഃശാസ്ത്രകാരനും നിർവചിച്ചിട്ടില്ലേ ഇങ്ങനെ അർജുനനെ ഈ ഫ്രോയിഡും യുങ്ങും കാൻഡും ഒക്കെ ഉണ്ടല്ലോ അർജുനന്റെ സ്റ്റുഡന്റ് ആവേണ്ടവരാ ം അതിനെ നിഗ്രഹിക്കുക എന്നത് അതിനെ നിയമനം ചെയ്യുക എന്നത് വായോഹോ ഇവ ദുഷ്കരം അഹം മന്യേ അതുണ്ടല്ലോ വായുവിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് പോലെ ദുഷ്കരമായുള്ള ഒരേർപ്പാടായി അഹം മന്യേ ഞാൻ കരുതുന്നു അതുകൊണ്ട് അങ്ങ് എന്തായി പറയുന്നത് അങ്ങനെ കുറെ നേരമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് മനസ്സിനെ നിയന്ത്രിക്കൂ മനസ്സിനെ നിയന്ത്രിക്കൂ സ്വാമി തന്നെയാണ് ഞങ്ങൾക്കും പറയാറുള്ളത് ഇത് നടക്കണ്ടേ ഇതൊക്കെ പറഞ്ഞു പോകുമ്പോഴും താഴെ ഇറങ്ങിയിട്ട് ആരെങ്കിലും കാലില് ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ ചോദിക്കുക കണ്ണ് കണ്ണ ഓരോന്ന് വരും അപ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ സ്വാമി നിങ്ങളുടെ മുമ്പിൽ ഇതുമാക്കേ അത് സ്വാമിയാണ് ചവിട്ടി ഉണ്ടെങ്കിലോ ചിലപ്പോ അറിയില്ല സ്വാമിയാണ് ഈ കുഴപ്പമില്ല ചവിട്ടിക്കുള്ള അങ്ങനെയുണ്ട് ഈ കാറിൽ കാറ് എടുത്തു പോകുമ്പോഴേ കാറിന്റെ ടയറിന്റെ അടിയിൽ കാലുപെട്ടുണ്ട് അപ്പം അവർക്ക് വല്ലാതെ വേദനയായി അപ്പൊ അതിന് ഈ കാറ് ഓടിച്ച ആൾ അവരോട് പറയാ അറിയാഞ്ഞിട്ടാണ് മറ്റയാൾ പറയാം ഞാനറിഞ്ഞുവല്ലോ ഒന്നും അതെ ഞാനറിയുന്നുണ്ട് കാര്യം ബലവ അതങ്ങേയറ്റം ബലമാർന്നതാണ് വായോഹോ ഇവ ദുഷ്കരം അത് വായുവിനെ പോലെ ദുഷ്കരമാണ് അതിനെ നിയന്ത്രിക്കുക എന്നത് മഹർഷി രമണ മഹർഷി ചോദിക്കുന്നുണ്ട് മാനസം തുക്കിം മാർഗണേ കൃതേ ഭഗവാൻ ഉത്തരം കൊടുക്കാൻ പോകുന്നതാ അപ്പൊ നമുക്ക് നോക്കാം ശ്രീ ഭഗവാൻ ഉച്ച അസംശയം മഹാബാകോ മനോദുർനിഗ്രഹം വൈരാഗ്യേണ ശ്രീഭഗവാൻ ഭഗവാൻ അർജുനനോട് മറുപടി പറയുന്നു ഏതൊരു തലത്തിൽ നിന്നാണോ അർജുനൻ ഭഗവാനോട് ചോദിച്ചത് അതേ ആ ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാൻ ഉത്തരം കൊടുക്കുന്നു മറുപടി കൊടുക്കുന്നു ഈ ഒരു രീതി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നമ്മൾ രണ്ടാം അധ്യായം മുതൽ അത് കാണുന്നുണ്ട് എന്താണോ അർജുനൻ ഭഗവാന്റെ മുൻപിൽ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത് ആ പ്രശ്നത്തെ ഭഗവാൻ സ്വീകരിക്കുന്നതും തുടർന്ന് അർജുനന് ഭഗവാൻ സംശയം തീർക്കുന്നതും പലപ്പോഴും നമുക്കത് അറിയില്ല എന്ന് പറയാം ചോദിക്കുന്നത് ഒന്നായിരിക്കും പക്ഷെ നമ്മൾ പറയുന്ന മറുപടി വേറൊന്നായിരിക്കും എപ്പോഴും അങ്ങനെയാ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിന് വേറൊന്ന് പറയും കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ കുട്ടികളോട് തിരിച്ച് അങ്ങോട്ട് ചോദിക്കും നീ നിന്റെ ഹോംവർക്കൊക്കെ ചെയ്തോ സ്വിച്ച് ഓഫ് ചെയ്തു കുട്ടികൾ ഇല്ലേ കാര്യമായിട്ട് ചോദിച്ചതാ അതോടനെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു ശ്രീ ഭഗവാൻ വാച ഭഗവാൻ പറഞ്ഞു അസംശയം മഹാബാഹോ ഹേ മഹാബാഹു അർജുനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാം നല്ലൊരു വിളി വിളിച്ചു മഹാബാഹു വലിയ വലിയ കൈകളൊക്കെ ഉള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന വലിയ കണ്ടെത്തലുകളൊക്കെ നടത്തുന്ന അർജുന നീ പറഞ്ഞത് സംശയമില്ലാത്ത കാര്യമാണ് ഇതാണ് ഒരാൾ നമ്മളോട് പറയുന്നതിനെ പൂർണ്ണമായി സ്വീകരിക്കുക സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളെ കാത്തു നിൽക്കുക അയാൾ ഇത് നമ്മൾ എന്താ പറയുക ഏ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അർജുന നീ പറഞ്ഞത് ശരിയല്ല എന്ന് ഭഗവാൻ പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ സ്വിച്ച് ഓഫ് ചെയ്യും നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ പറയാറ് ഭാര്യ ഭർത്താവിനോട് എന്ത് പറഞ്ഞാലും ഭർത്താവ് ഭാര്യയോടെ എന്ത് പറഞ്ഞാലും നീ എത്ര കാല ഇത് പറയാൻ തുടങ്ങിയിട്ട് ഞാനിത് കേട്ട് കേട്ട് നടത്തു തിരിച്ചും മറിച്ചു കുട്ടികളും അതെ അവരും ഒക്കെ അതെ എല്ലായിടത്തും അതുകൊണ്ട് നീ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് അസംശയം സംശയമില്ല പക്ഷേ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് മനഃ മനസ് ദുർനിഗ്രഹം അത് നിരോധിക്കാൻ പ്രയാസമുള്ളതാണ് ചലം ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാര്യത്തിൽ സംശയമില്ല എന്നിട്ട് ഭഗവാൻ വിളിക്കുന്നു ഹേ കൗന്ദേയ കുന്തിയുടെ പുത്ര നിന്റെ അമ്മയ്ക്കിത് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാണ്ഡവ എന്നൊക്കെ വിളിക്കുമ്പോൾ വിളി ചിലടത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതാ അമ്മ അമ്മ നീ ആരുടെ പുത്രനാണ് ആ ഒരു കുന്തിയുടെ പുത്രനാണ് അതും കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഭഗവാൻ പറയുന്നു ഹേ കൗന്ദ അത് സാധിക്കും എങ്ങനെയാണ് എങ്കിൽ അഭ്യാസേന അഭ്യാസം കൊണ്ട് പരിശീലനം കൊണ്ട് അതുപോലെ വൈരാഗ്യേണ വൈരാഗ്യം കൊണ്ട് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി ഹേതുവായി ഗൃഹ്യതെ സ്വാധീനപ്പെടുന്നു നീ പറഞ്ഞത് സംശയമില്ലാത്ത കാര്യ വായുവിനെ പോലെ അത് ദുഷ്കരമാണ് എന്നാൽ ആ വായുവിനെ നിയന്ത്രണത്തിന് വിധേയമാക്കിയാൽ ആ വായു ടെൺകണക്കിന് ഭാരം വഹിക്കാൻ ശക്തിയുള്ളതായിത്തീരുന്നു അല്ലേ അത് തുറന്ന് കിടക്കുകയാണെങ്കിലോ ഒരു നിയന്ത്രണവും ഇല്ലാതെ വായു ടയറിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വടി അല്ല ആ വണ്ടി ഒരടി മുൻപോട്ട് നീങ്ങോ ഇല്ല അതുപോലെ അതിനെ വായുവിനെ നിയന്ത്രണത്തിന് വിധേയമാക്കുന്നു ഒരു ട്യൂബിനകത്ത് അതിനെ കൊണ്ടുവരുന്നു ട്യൂബിനകത്താക്കി അതിനെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ശക്തിയാണ് അല്ലെങ്കിൽ അത് ശക്തിയല്ല അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ നിയന്ത്രണത്തിന് വിധേയമാക്കിയാൽ മനസ്സ് വലിയൊരു ശക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ എന്താ ഇളക്കാത്തതായി തീരും എന്ന് പറയുക അതിനെ ബല എന്താ പറയുക വേറെ ഏതെങ്കിലും പ്രകാരത്തിലല്ല അതിനെ നിയന്ത്രണത്തിന് വിധേയമാക്കേണ്ടത് അതുകൊണ്ട് നമ്മളൊക്കെ ഈ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷണങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരച്ഛൻ കുറെ കളിപ്പാട്ടങ്ങളുമായിട്ട് വന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് കൊടുക്കാൻ ഉം എന്നിട്ട് കുട്ടികളിത് കണ്ടുടനെ രണ്ടു മൂന്ന് മക്കളുണ്ട് അദ്ദേഹത്തിന് കുട്ടികൾ കണ്ടപ്പോ വലിയ സന്തോഷമായി ആയി അച്ചാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാനിത് തരാം എല്ലാവർക്കും തരാം പിന്നെ ഒരു കണ്ടീഷൻ എപ്പോഴും അങ്ങനെയാണല്ലോ അച്ഛൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ഞാൻ ഓരോരുത്തരെ വിളിക്കും അപ്പൊ തരും അപ്പൊ ഭാര്യയെ ഒന്ന് സന്തോഷിപ്പിക്കുകയൊക്കെ വേണമല്ലോ അപ്പൊ അതിനായിട്ട് ആരാണ് അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുക അവർക്കാണ് അച്ഛൻ ഇത് ഓരോന്നോരോന്നായിട്ട് തരിക അപ്പൊ ചിടുങ്ങൻ പറയാണ് അത് അച്ഛൻ തന്നെ കളിക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല ഈ കളിപ്പാട്ടങ്ങളെല്ലാം അച്ഛൻ ഇരിക്കട്ടെ അമ്മ പറഞ്ഞ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരേ ഒരാൾ കുട്ടികൾ അങ്ങനെ പറയും അതുകൊണ്ട് ഇത്തരത്തിൽ പ്രലോഭനങ്ങൾ നൽകിയിട്ട് ഇത് പറഞ്ഞാലനുസരിച്ചാൽ ഞാൻ ഇത് തരും അങ്ങനെയല്ല അങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ നടക്കില്ല എന്ന് പറയും ഇത് പറഞ്ഞാലനുസരിച്ചാൽ ഞാൻ ഇത് തരും അങ്ങനെയല്ല അങ്ങനെയൊരു ഏർപ്പാട് ഇവിടെ നടക്കില്ല എന്ന് പറയും പക്ഷെ നാം ഇതുവരെ ശീലിച്ചു വന്നതും ശീലിപ്പിച്ചു പോന്നതും എല്ലാം ഇങ്ങനെയാണ് അതുകൊണ്ട് ഇത് ചെയ്താൽ എന്ത് കിട്ടും എന്ന് വരെ ചോദിക്കുന്നവരുണ്ട് നിങ്ങളോട് ചോദിക്കാതെ ഇരുന്നിട്ടുണ്ടാവില്ല ആരെങ്കിലും നിങ്ങൾ ഈ ഗീതാ ക്ലാസ്സിന് പോകുന്നില്ലേ നിങ്ങൾ ധ്യാനം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നേ എന്തെങ്കിലും കിട്ടോ പ്രസാദം എന്തെങ്കിലും കിട്ടോ പായസം എന്തെങ്കിലും കിട്ടുന്നുണ്ടാവില്ല എന്തെങ്കിലും കിട്ടുമെന്നാ ചോദ്യം പ്രയോജനം വിനാ മന്ദോവിന പ്രവർത്തത എന്നാണ് അവരുടെ പ്രമാണം പ്രയോജനമില്ലാതെ ഒരു മൂടൻ പോലും ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ അഭ്യാസത്തിന് വിധേയമാക്കുന്നുവെങ്കിൽ ആവർത്തിച്ചുള്ള പരിശീലനം ഈ ആവർത്തിച്ചുള്ള പരിശീലനത്തിന് എന്താണ് അവിടെ അതിന് നിലകൊള്ളുന്നത് നിദാനമായി വർത്തിക്കുന്നത് എന്നാണെങ്കിൽ വൈരാഗ്യം വിഗത രാഗ വൈരാഗ്യം വിശേഷേണ രാഗ വൈരാഗ്യം രാഗമില്ലായ്മ വൈരാഗ്യം രാഗം വൈരാഗ്യം രണ്ടു പ്രകാരത്തിലുള്ള വൈരാഗ്യം ഒന്ന് നിത്യമായതിനോട് രാഗം അനിത്യമായതിനോട് രാഗമില്ലായ്മ ഈ ഒരു വേർതിരിവ് കൊണ്ട് നീ എന്ത് നിനക്ക് സാധിക്കും എന്ത് സാധിക്കും ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഗൃഹ്യതെ സ്വാധീനപ്പെടുന്നു നിനക്ക് അതിനെ പിടിച്ചെടുക്കാവുന്നതാണ് നീ അഭ്യാസം ചെയ്യണം തുടർന്ന് ഭഗവാൻ ആ അഭ്യാസത്തിന്റെ രീതിവിധാനങ്ങളെ കുറിച്ചൊക്കെ അർജുനോട് പറയുന്നു അസംയത്മനാതിശ്യാത്മനു ത അശക്യ അവാപ്തും ഉപായത ഭഗവാൻ ഭഗവാന്റെ അഭിപ്രായം പറയണം എന്താ പറയണത് അസംയതാത്മന മനസ്സിനെ മനസ്സിലാകാത്തവന് മനസ്സിനെ കീഴടക്കാൻ സാധിക്കാത്തവന് മനസ്സിൻ്റെ ദാ മനസ്സിനെ എന്താക്കണം നമ്മുടെ ദാസനാക്കണം എന്ന് പറയാം ഇപ്പൊ ഈ പേരുകൾ നമ്മളിടില്ലേ എന്താ കൃഷ്ണദാസ് രാംദാസ് ഏ സൂർദാസ് ഇങ്ങനെ ഓരോരോ ദാസൻ ഭഗവാന്റെ പേരുകളുമായിട്ട് എന്താ അതിൻ്റെ താത്പര്യം നമ്മൾ ദാസനാണ് പ്രഭു ഭഗവാനാണെന്ന് പറയാം പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് ആര് പ്രഭു മനസ്സാണ് നമ്മൾ ദാസനാണ് മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഇതാണിപ്പോ നടക്കണം നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല മനസ്സ് നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറയണം അതിനെയൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അസംയതാത്മന മനസ്സിനെ കീഴടക്കാൻ സാധിക്കാത്ത ഒരുവന് യോഗ യോഗം ദുഷ്പ്രാപ ഇതി അത് പ്രാപിക്കാൻ എളുപ്പം അല്ല എന്നതാണ് മേ മതിഹി എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായത്തില് മനസ്സിനെ ജയിക്കാൻ കഴിയാത്തവന് മനസ്സിനെ അറിയാൻ കഴിയാത്തവന് ഈ യോഗം സാധ്യമല്ല അതുകൊണ്ട് മന മനേവ മനുഷ്യയാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് എന്തുവേണം മനസ്സിന് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതുവരെ നമ്മളത് പരിശീലിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഏത് മനസ്സാണ് നമ്മളിങ്ങനെ ഓരോന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തേക്കും ആ മനസ്സിനെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കുന്ന അറിയോ അതായത് നമ്മളൊരാളുമായിട്ട് ചണ്ട കൂടുന്ന സമയത്ത് നമ്മളറിയും ഇതാ ഐവൻ എന്നെ ശണ്ട കൂടിപ്പിക്കുന്നു ഞാൻ ആരാണ് ഞാനിതാ മാറി നിൽക്കുന്നു ഇത് നമുക്കറിയാൻ സാധിക്കും അങ്ങനെ ക്രമത്തിൽ ക്രമത്തിൽ നമുക്കതിൽ നിന്ന് നിവർത്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചണ്ട സമയത്ത് ഇതാ ഞാൻ ചണ്ട കൂടിക്കൊണ്ടിരിക്കുന്നു കുട്ടികളുമായിട്ട് കളിക്കുന്നത് പോലെ പറ്റും പലതും ചെയ്യാൻ ഇപ്പൊ ദുഷ്പ്രാപ ഇതി മേ മതിഹി ആർക്കാണ് ഇത് പ്രാ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ അസംയതാത്മന നിയന്ത്രണം മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്തവന് മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമം നടത്താത്തവന് അവനൊക്കെയാണ് വശ്യാത്മന യഥതാത്തു എന്നാൽ മനസ്സിനെ സ്വാധീനിക്കുന്നവന് തൻ്റെ ഇഷ്ടതോഴനായി മനസ്സ് വർദ്ധിക്കുന്നു ഏതാഗ്രഹങ്ങളെയും ബുദ്ധിയുമായി ചേർത്ത് വെച്ച് അതുകൊണ്ടാണല്ലോ ധർമ്മം അർത്ഥം കാമം മോക്ഷം അപ്പൊ ധർമ്മവുമായി ചേർത്ത് വെച്ച് ഈ ആഗ്രഹത്തെ പൂർത്തീകരിക്കേണ്ടതാണോ എന്ന് സ്വയം ആത്മപരിശോധന നടത്തി ആ ആഗ്രഹത്തിൻ്റെ പിറകെ പോകുന്നത് ഇതിനെയാണ് വശ്യാത്മന എന്ന് പറയുന്നത് അതിനെ കടോപനിഷത്തിലെ രഥകൽപ്പന സമയത്ത് നമ്മൾ പഠിച്ചു ദുഷ്ടാശ്വ ഇവസാരഥേഹേ ദുഷ്ടങ്ങളായിട്ടുള്ള അശ്വങ്ങള് അവനെ സംസാരം ച സംസാരത്തിലേക്ക് കൊണ്ടുപോകുന്നു സദശ്വ ഇവസാരഥേഹേ എന്നാൽ സദശ്വ നിയന്ത്രിതമാർന്ന കുതിരകളോട് കൂടിയിട്ടുള്ള സാരഥി തദ്വിഷ്ണു പരമം പദം ആ വിഷ്ണു അവനെ കൊണ്ടുപോകുന്നു അപ്പൊ നിയന്ത്രണമല്ലാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ളവന് ഒരിക്കലും യോഗം സാധ്യമല്ല നിയന്ത്രിതമാർന്ന മനസ്സോട് ഇന്ദ്രിയങ്ങളും മനസ്സോട് കൂടിയിട്ടുള്ളവന് എന്റെ അഭിപ്രായത്തിൽ എന്താണ് അത് അവന് സാധിക്കുന്നതാണ് യഥദാത്ത ഉപായത അത് ഉപായമാണ് മേൽപ്പറഞ്ഞ ഉപായം എന്ത് വശ്യാത്മന എന്നത് തം അവാപ്തും ശക്യ തം അതിനെ തം എന്ന് പറഞ്ഞാൽ യോഗം യോഗത്തെ അവാപ്തും പ്രാപിക്കാൻ ശക്യ അവൻ എന്താണ് സമർത്ഥനാണ് കഴിയുന്നതാണ് ഭഗവാൻ മുണ്ടകോപനിഷത്തിൽ ഒന്നാമത്തെ മന്ത്രം തന്നെ ഉണ്ട് അതെ ഉണ്ടോ ഉപനിഷത്തില് അതില് ഉപനിഷത്ത് നല്ലൊരു ഉപമ പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്ത് തുടങ്ങുന്നത് അതിൽ പറയുന്നു ദ്വാസുവർണ സയുജാ സഖായ എന്താണ് സമാനം വൃക്ഷം പരിഷസ്വജാതി ദ്വാസുപർണ സയുജാ സഖായ രണ്ട് കിളികൾ ഒരുപോലെയുള്ള കിളികള് ഒരു വൃക്ഷ കൊമ്പില് അങ്ങനെ എന്നിട്ടോ ഒന്ന് തയോരന്യ പിപ്പലം സ്വാദത്തി പിന്നെയോ അനശ്നൻ അന്യോ അഭിജാകശീതി ഒന്ന് സ്വാദുള്ള ഭക്ഷണത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നോ നിശബ്ദനായിട്ട് കഴിക്കുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ചിത്രം ഉപനിഷത്ത് ആദ്യം നിലവാരം ആരുടെ ചിത്രമാണ് നമ്മുടെ ചിത്രം മനസ്സ് ഓരോരോ വിഷയങ്ങളിൽ പോയി ചാടുന്നതാണ് ഒന്നാമത്തെ അതിങ്ങനെ സ്വാദുള്ള അന്നം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക എന്തൊരു ഋഷിയുടെ എന്തൊരു ഭാവനയാണെന്നറിയാം ഒരു കിളി പോയിട്ട് അതിൽ കുറച്ച് കൊത്തി നോക്കി പിന്നെ ഇപ്പുറത്ത് വന്ന് കൊത്തി നോക്കി പിന്നെ ആ കൊമ്പിൽ ചാടി ഈ കൊമ്പില് ചാടി ആ കൊമ്പില് ചാടി ഒരുങ്ങനെ നോക്കുക ഈ കിളിയെ മറ്റൊരു എന്താ ഇവൻ ചെയ്യുന്നത് ബോധം ഒരേ ശരീരത്തിലിരുന്ന് ഒരേ വൃക്ഷത്തിലിരുന്ന് ോധം നിശബ്ദമായി ഇവൻ ഈ ചാടുന്നതിനെയൊക്കെ ഇവൻ എങ്ങോട്ടാണ് ചാടുന്നത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ചെയ്യാ ചെയ്യുന്നത് ഇതാണ് ഇതുപോലും നമ്മൾ ചെയ്യാറില്ല നമ്മളെ സംബന്ധിച്ച് ഒരു കിളിയുള്ളൂ നിശബ്ദനായ കിളി ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കിളി ഉണ്ടോ അങ്ങനെ ഒരു കിളി ഉണ്ട് ആ കിളിയും കൂടെ ഉണർത്തലാണ് മധുസൂദനന്മാരുടെ നല്ലൊരു കവിത ഉണ്ട് ഒരു കിളിയും അഞ്ചു വേടന്മാർ ഈ കിളിയെ കൊണ്ട് കാര്യം പറയിപ്പിച്ചവരായിരുന്നു നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള കവികളെല്ലാം ആധുനിക കവികളും ആ ഒരു രീതി സ്വീകരിക്കുന്നുണ്ട് അതിൽ കിളി ചോദിക്കുന്നുണ്ട് കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കാടറിയാക്കിളി കഥയറിയാക്കിളി കരളാൽ ഒരു മൊഴി ചോദിച്ചു കരളാൽ മൊഴി ചോദിച്ചു കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി ഇനിയും വരാറുകടക്കേണം കിളി ഈറനൊടുത്തു നടക്കേണം ണാൻ കൈത്തിരി കരുതേണം കിളി കല്ലും മുള്ളും താണ്ടേണം അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ വഴിയെറിയാ കിളി പോകാതെ വിനയേറും വഴി പോകാതെ അങ്ങതിലിങ്ങതിലൂടെ നടന്നാൽ ആരും കാണാ കാടണയാം എന്നിട്ട് വേടന്മാര് വരികയാണ് േടൻ കണ്ണിറയും നിറമായിരമകളെ കാണിച്ചു വെറൈറ്റീസ് ഒരുപാട് കളർ ഒന്നാം വേട് രണ്ടാമത്തവൻ എരിമണമേറ്റിയ പൂവുകളെ ഇറമണപ്പിച്ചു പിന്നെ നാലാം എന്താ മൂന്നാമത്തവൻ ആ രണ്ടാമത്തവൻ മൂന്നാമത്തവൻ മുന്തിരി നീര് കുടിപ്പിച്ചു മുന്തിരിയില തുടങ്ങുക പിന്നെ അത് എന്താ പറയുക ജിന്നാവും പിന്നെ അത് ബീറാവും പിന്നെ അത് റമ്മവും പിന്നെ അത് വിസ്കിയാവും പിന്നെ നാടനാവും അങ്ങനെ ആദ്യം തുടങ്ങുക അതില്ല മുന്തിരി നീരിൽ പൊയില വിൽ തുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു വേടനുടുപ്പിച്ചു എത്തിയതയ്യോ കാടല്ല അവിടെങ്ങും പൂവിനു മണമില്ല കിളി കാട്ടിലല്ല എത്തിയായിരുന്നു എന്ത് സുന്ദരമായിട്ടുള്ള കവിത ഒരു കിളിയും അഞ്ചു വേടന്മാരും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല മുഴുവൻ വേദാന്തമാണ് നമ്മുടെ യാത്ര കിളി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് പക്ഷേ വേടന്മാർ വന്നിട്ട് പറയാം ഞാൻ കാണിച്ചു തരാ കാട് നീ എളുപ്പമേക്കുന്നുമോണ്ട എന്ന് അവസാനം കിളി പെടുന്നതാണ് പിന്നെ കിളി അവസാനം ചിറക് കുടഞ്ഞ് കിളി പാടുന്നുണ്ട് കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ കാട്ടിത്തരുവാൻ കാട്ടിത്തരുവേൻ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ആ കവിത അവസാനിക്കുന്നത് ഒരു ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ചില ആധുനിക കവികൾ കവിതകളിലൊന്നും ശുഭപ്രതീക്ഷ ഉണ്ടാവില്ല ഇവിടെ ശുഭപ്രതീക്ഷയുണ്ട് എന്ന് പറയാം ഒരു കിളി ഒരു ലീഡറാവുന്നുണ്ട് അപ്പം എന്താ ഈ രണ്ട് കിളികളെ ഉപനിഷത്ത് പറയുന്ന രണ്ട് കിളി പോലെ നമ്മുടെ ഉള്ളിലും ഒന്ന് ബോധം പിന്നെ അതുപോലെ മനസ്സ് മനസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ പ്രക്രിയ ആരാണോ നോക്കിക്കാണാത്തത് അവൻ ഒരിക്കലും ഇതിനെ ജയിക്കാൻ പറ്റില്ല എന്ന് പറയും അവനങ്ങനെ പോയിക്കൊണ്ടിരിക്കും രാവിലെ എഴുന്നേക്കണു അങ്ങനെ എഴുന്നേറ്റാൽ എഴുന്നേറ്റു പോയോ എല്ലാവരും ഒരു വല്ലാത്തൊരു പോക്കാണത് വലിയ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നതായിരിക്കും എന്നാലും ഒരു വല്ലാത്തൊരു ഇരിപ്പാണ് എന്തെങ്കിലുമൊക്കെ അതോ ചില പി ആർ ഒക്കെ ആയിരിക്കും ചിലടത്ത് അയാൾക്ക് ആളുകളെ കാണുന്നതേ ദേഷ്യമാണ് ഒന്നുമില്ല ഓരോന്നും വലിഞ്ഞു കയറി വരും അല്ലേ അങ്ങനെയതുകൊണ്ട് അസംയതാത്മന മനസ്സിനെ കീഴടക്കാത്തവന് മനസ്സിനെ ജയിക്കാത്തവന് മനസ്സിനെ അറിയാത്തവന് ഒന്നും സാധ്യമല്ല എന്ന് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് എന്തുവേണം വശ്യാത്മന താൻ തന്നെയായിരിക്കണം കാണാൻ കൈത്തിരി കരുതേണമെങ്കിൽ കല്ലും മുള്ളും താണ്ടേണമെന്നൊക്കെ പറയുന്നത് അവിടെ കവി പറയുന്നുണ്ടല്ലോ അതുപോലെ താനൊരു കൈത്തിരി താൻ തന്നെ തൻ്റെ മാർഗത്തിൽ തനിക്ക് വെളിച്ചം താൻ തന്നെയാണെന്നാണ് ഒരു ഗംഭീര കഥയുണ്ട് പറയാം ഗുരു ശിഷ്യന് പഠിപ്പിച്ചു കൊടുത്തു എല്ലാം രാത്രിയായപ്പോ അവനോട് പറഞ്ഞു പോയിക്കൊള്ളാൻ ആശ്രമം വിട്ടു പോവാൻ പറഞ്ഞു വിളക്ക് കത്തിച്ചു കൊടുത്തു വിളക്ക് കത്തിച്ചു കൊടുത്തിട്ട് ഇറങ്ങാൻ നേരത്ത് ഗുരു ആ വിളക്കിന് എന്ന് പറഞ്ഞൊരു ഒറ്റ കൂതൽ കെട്ടുപോയി നടന്നോളാൻ മാറും ബാക്കിയുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു എന്താ എന്ത് പഠിപ്പിക്കില്ല ഈ ഗുരു പഠിപ്പിക്കണത് അവൻ നടന്നു പോയിന്ന ബാക്കിയുള്ളവന്മാർക്ക് വേണ്ടിയിട്ടാണ് അത് പഠിപ്പിച്ചത് ഗുരു അതായത് ഈ ബാഹ്യമായ വിളക്കിനെ എപ്പോഴാണോ അണയ്ക്കുന്നത് അപ്പോഴാണ് ഉള്ളിലെ വിളക്ക് തെളിയുക ഇതുവരെ ഇവനെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു ആശ്രമത്തിൽ ഇനിയും നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറയാം അതുകൊണ്ട് പോയിക്കോളൂ പ്രതീകാത്മകമായിട്ട് ഗുരു വിളക്ക് ചിരാത്ത് കൊടുത്തു പൂ എന്ന് പറഞ്ഞു ഊതി കൊടുത്തു വിട്ടോളം പറഞ്ഞു അതുകൊണ്ട് ആത്മപ്രകാശത്തിൽ നമ്മുടെ പാതയിൽ നാം തന്നെയായിരിക്കണം നമുക്ക് വെളിച്ചം എന്ന് പറയാം ആ വെളിച്ചത്തെ കെടുത്തുന്ന കാമനകളെ കൊണ്ടുവരാതിരിക്കുക കാമനകളാൽ നമ്മുടെ പ്രകാശത്തെ എന്താ പറയുക അതിനെ തടയാതിരിക്കൂ ഉപനിഷത്തിൽ പറയും എന്താ വിദ്യയെ ഉപാസിക്കുന്നവൻ ഇരുട്ട് പോന്നു അല്ല എന്താ വിദ്യയെ ഉപാസിക്കുന്ന രണ്ടുപേരും പോണു ഇരുട്ടിലേക്ക് എന്ന് നമ്മൾ ഈ അന്തന്മാരെ കുറിച്ച് തന്നെ പറയുന്നതിൽ കുറെ അതായത് ഈ ഉപനിഷത്ത് അത് പറയുന്ന സമയത്ത് ഉപനിഷത്തിന് കുറച്ച് കാര്യം പറയാനുണ്ട് നമ്മളോട് നമ്മൾ പറയില്ല ഈ അന്തന്മാർക്ക് എപ്പോഴും ഇരുട്ടാണ് എന്ന് അല്ല അന്തന്മാർക്ക് ഇരുട്ടും അന്തന്മാർക്ക് ഇല്ല എന്ന് പറയുക അന്തന് ഇരുട്ടല്ല പിന്നെയോ പിന്നെ വേറെ എന്തുമാണ് ഇരുട്ട് ആ ഇരുട്ടിനെ അറിയുന്നത് ഒരു ജ്ഞാനമാണ് അറിവാണ് ഒരു ഒരു കണ്ണാണത് കണ്ണടച്ചാലാണ് ഇരുട്ട് പ്രകാശം ഇരുട്ട് ഇരുട്ട് ഇരുട്ടൊരനുഭവമാണ് അന്തിനെ അടയ്ക്കാൻ കണ്ണ് കണ്ണു തന്നെ വേണ്ട കണ്ണു തന്നെ ഇല്ലല്ലോ അതുകൊണ്ട് പ്രകാശമറിഞ്ഞവനെ ഇരുട്ടും അറിയുള്ളൂ രണ്ടും ഒരുപോലെയാണ് രണ്ടും അറിയുക അതുകൊണ്ട് ഇതിനെ നിയമനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ അറിയൽ തന്നെയാണ് നിങ്ങൾക്കത് എങ്ങനെയൊക്കെ മനസ്സിലാവാൻ സാധിക്കുകയോ അതിനുള്ള പ്രയത്നം സ്വാമി ചെയ്യണം അപ്പൊ ഏതിലാണ് നിങ്ങൾക്ക് പിടികിട്ടുക എന്ന് പറയാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടല്ലോ ചൂണ്ടലായിട്ട് നോള അപ്പൊ നാം തന്നെ നമ്മുടെ പ്രകാശം നാം ഒരു ലൈറ്റ് ഹൗസ് ആണെന്ന് പറയാ അത് ഭഗവാൻ ഇവിടെ പറയുന്നു ആർക്കാണത് സാധിക്കുന്നത് ആരാണിതിനെ പ്രാപിക്കുന്നത് ആരാണ് ഇതിനെ പ്രാപിക്കാത്തത് ഈ ചർച്ചിലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം പറയും സത്യത്തിന്റെ മുകളില് ആളുകള് എന്താ പറയാ തടഞ്ഞു വീഴുകയണം സത്യത്തിന്റെ മുകളിൽ ആളുകൾ തപ്പിത്തടഞ്ഞു വീണിട്ട് വീണ്ടും എഴുന്നേറ്റിട്ട് അവൻ മുന്നോട്ട് പോകുന്നു എന്ന് പറയും അദ്ദേഹം നല്ലൊരു ഒരു ഉപനിഷത് സമാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ തപ്പിത്തടഞ്ഞു വീഴുന്നതേ ഇതിലാണ് പക്ഷെ വീണ്ടും നമ്മൾ എഴുന്നേറ്റ് ഓടുന്നുണ്ട് മുന്നോട്ട് പോകുന്നു അതാണ് ഇതിലേറ്റവും വലിയ രസം നമ്മൾ അറിയുന്നില്ല ആരാണ് അറിയുന്നത് നിയമനം ചെയ്തവൻ നിയമനം ചെയ്യാത്തവൻ അറിയുന്നില്ല നോക്കാം ഭഗവാൻ വീണ്ടും ഈ സംശയത്തെ അർജുനന് വീണ്ടും ഇത്ര കേട്ടു കഴിഞ്ഞപ്പോ അർജുനന് ഒന്നുകൂടെ ഭഗവാനോട് സംശയം ഉന്നയിക്കുന്നു അർജുന ഉവാച അയതി ശ്രദ്ധയോട്ടാതമാന അപ്രാപ്യം സിദ്ധിം അർജുനൻ ഭഗവാന്റെ മുൻപിൽ ഒരു പ്രശ്നത്തെ അവതരിപ്പിക്കുന്നു ഇതും നമ്മുടെ തന്നെ പ്രശ്നമാണ് അർജുന അയതി ശ്രദ്ധയോപേത യോഗാത് ചലിതമാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാതിം ഹേ കൃഷ്ണ ഗതി ഹേ കൃഷ്ണ ഭഗവാനേ ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടിയിട്ട് ഉപേതഹ ശ്രദ്ധയാ ഉപേതഹ ശ്രദ്ധയോടുകൂടിയിട്ടുള്ളവനാണെങ്കിലും അയതഹ യോഗാത് യത്നം ഭലിക്കാതെ അതായത് വന്നു പത്തൊമ്പത് ദിവസമായിട്ട് ജ്ഞാനയജ്ഞം കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറേ ദിവസമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് സംശയം പകുതിയിൽ വെച്ച് എവിടെയെങ്കിലും പോകേണ്ടി വന്നു ഇതങ്ങോട്ട് മുടങ്ങിപ്പോയി ആമി എന്താവും ബലം ഇതാണ് ചോദിക്കുന്നത് യോഗാത് അയതഹ യോഗാദ് യത്നം ഫലപ്പെടാത്തവനായിട്ട് യോഗാത് യോഗത്തിൽ നിന്ന് ചലിത മാനസഹ ഇളകിയ മനസ്സോടുകൂടിയിട്ട് അപ്രാപ്യ അതിനെ പ്രാപിക്കാതെ കാം ഗതിം ഗച്ചതി അവന്റെ നില എന്താവും എന്താവും എന്താ എന്റെ നില ആവുക നമുക്ക് ഇത് ആരംഭത്തിൽ ചിലപ്പോ ഉണ്ടാവും ഈ ഗീത പഠിക്കാത്തവർക്ക് തന്നെ ഉണ്ടാവും എന്താവും എന്റെ ഗതി ഞാൻ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാക്കി അതെപ്പോഴാണ് മനസ്സിലാക്കിയത് വളരെ വൈകിയ സമയത്ത് തൊണ്ണൂറിലാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു യജ്ഞം അല്ലേ തൊണ്ണൂറ്റി ഒമ്പതിലുണ്ട് ചിലരെ സംബന്ധിച്ച് ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറയാം അതാ വലിയ അത്ഭുതം ഒരിക്കലും ഗുരുവിനൊരു എഴുത്ത് വന്നു എഴുത്തിൽ ഇതാണ് ഞാൻ എഴുപത്തിയഞ്ച് വയസ്സായ ഒരു ആളാണ് വൃദ്ധനാണ് വൃദ്ധൻ അദ്ദേഹം എഴുതിയിട്ടില്ല എഴുപത്തഞ്ച് വയസ്സായ അങ്ങനെയാണല്ലോ പറയാം ഞാൻ എഴുപത്തഞ്ച് വയസ്സായ ഒരാളാണ് എൻ്റെ മൂന്നാമത്തെ മകൻ വെറും മുപ്പത് വയസ്സായ അവൻ അങ്ങയുടെ ആശ്രമത്തിൽ അന്തേവാസിയായി കഴിയുന്നു എന്നും ഈ വരുന്ന ഗുരുപൂർണിമാനത്തിൽ അങ്വന് സന്യാസം നൽകാൻ പോകുന്നു എന്നും ഞാൻ അറിഞ്ഞു അങ് ചെയ്യുന്നത് ശരിയല്ല വെറും ചെറുപ്രായത്തില് ഇങ്ങനെ ചെറുപ്പക്കാരെ സന്യാസിയാക്കുക എന്നുള്ളത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് അങ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് അപേക്ഷിച്ച് അങ്ങയുടെ ആയൊരാരോഗ്യത്തിനായിട്ട് പറഞ്ഞ് സസ്നേഹം ഈശ്വര സേവയിൽ എന്നൊക്കെ പറഞ്ഞു ഡാഷ് ഡാഷ് ഒപ്പ് വക ഒക്കെ എഴുതി അപ്പൊ സ്വാമിയാർ തിരിച്ചൊരു കത്തെഴുതി ഞാൻ അങ്ങയുടെ മകന് വിട്ടേക്കാം പക്ഷെ എഴുപത്തിയഞ്ച് കഴിഞ്ഞ് അങ് എന്തായാലും സന്യാസത്തിന് പ്രായമായിട്ടുണ്ട് വരാൻ ഞാൻ എന്താ പറയുക അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇതായിട്ട് വിട്ടയക്കാം ഏതായാലും അങ്ങ് വരൂ അപ്പോഴ അദ്ദേഹം വീണ്ടും എഴുത്തെഴുതി അങ്ങയുടെ എഴുത്തുകിട്ടി വളരെ സന്തോഷം പക്ഷെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പം ആയിട്ടില്ല കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നുണ്ട് എന്താവും ഗതി എന്നാ ചോദിക്കുന്നു ആദ്യം നമ്മുടെ ഒരു ഇതുണ്ട് നമ്മളെല്ലാറ്റിനും ഇന്ന് ഇന്നത്തെ ദിവസം ശരിയില്ല കേട്ടോ രാവിലെ തന്നെ പറയുന്നതാണ് കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണു പൊട്ടി ഇന്നത്തെ ദിവസം ശരിയല്ല കേട്ടോ ഒന്നും ചെയ്താൽ ശരിയാവില്ല അതുകൊണ്ട് നമുക്ക് നാളെയാവാം രാവിലെ ഇങ്ങോട്ട് തുടങ്ങുന്നേയുള്ളൂ അപ്പോഴേക്കും നമ്മൾ നാളേക്ക് വെച്ചു എന്ന് പറയാം സന്യാസും ഇങ്ങനെയൊക്കെ തന്നെയല്ലെങ്കിൽ ഈ ശാസ്ത്രം അർജുനൻ ഇതൊക്കെ കൂടെ സമാഹരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താവും ഗതി ഭഗവാന്റെ മുൻപില് വീണ്ടും ഒരു ഉദാഹരണത്തെ അർജുനൻ വയ്ക്കണം എന്താണ് ചിന്തോഭയ വിഭ്രിന്വ നശ്യത്തി അപ്രതിഷ്ടോകോ വിമൂഢോ ബ്രഹ്മണ പഥി ഖിന്ന ഉഭയ വിഭ്രിന് ഇവ നശ്യത്തി അപ്രതിഷ്ടേ മഹാബാഹോ വിമൂഢ ബ്രഹ്മണ പതി ഭഗവാനെ അർജുനനും തിരിച്ചു വിളിക്ക അർജുനനും ഭഗവാനെ തിരിച്ചു വിളിക്കുക ഹേ മഹാബാഹോ ഇവർ അത്രയും വലിയ അടുപ്പുള്ളവരാണെന്ന് പറഞ്ഞ തിരിച്ച് അല്ലയോ മഹാബാഹോ ഭഗവാനേ വിമൂട തന്നെ സ്വയം പരിചയപ്പെടുത്തുക ആരാണ് വിമൂടനായിട്ടുള്ള അവൻ അല്ലെങ്കിൽ ഒരുവൻ ഞാൻ ബ്രഹ്മണ പതി ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മോക്ഷത്തിൻ്റെ പതി മാർഗത്തിൽ സഞ്ചാരത്തില് അപ്രതിഷ്ഠ പ്രതിഷ്ഠയില്ലാത്തവനായി നിലയുറപ്പിക്കാൻ പറ്റാത്തവനായിട്ട് ഉഭയവിഭ്രഷ്ട രണ്ടിൽ നിന്നും എന്താ പറയുക ഒരു പ്രയോഗം ഉണ്ടല്ലോ അമ്മാന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ ഇല്ലത്തിട്ട് എത്തിയതുമില്ല അവിടുന്ന് ഇറങ്ങി ഇല്ലത്തേക്കാ ഇറങ്ങി പക്ഷെ അവിടെ എത്തിയതുമില്ല രണ്ടിന്റെയും നടുവിൽ നമ്മളെ തൃശങ്കു സ്വർഗം എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ ഉഭയവിഭ്രഷ്ടഹ രണ്ടിൽ നിന്നും തെറ്റി ഭൗതികമായിട്ടുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ചു എന്നിട്ടാമൂപരെ ഇറങ്ങിത്തിരിച്ചത് ആശ്രമത്തിലേക്ക് എന്നിട്ടോ അവിടുന്ന് വീണ്ടും ഇറങ്ങി എങ്ങോട്ടിറങ്ങുമ്പം വീട്ടിലേക്ക് വരാൻ പറ്റുമോ അതും പറ്റില്ല ഇങ്ങനെ ഒരു രണ്ടും കെട്ട ഒരു അവസ്ഥയുണ്ടല്ലോ ഏതുപോലെ എന്നാണെങ്കിൽ ചിന്ന അബ്രം ഇവ ഒരു ചിന്ന അബ്രം ഒരു ചിന്ന മേഘം ഒരു ചെറിയ മേഘക്കഷ്ണം പോലെ നശ്യതി കശ്ചിത് അത് നശിച്ചു പോവില്ലേ എന്ന് ഈ അർജുനന്റെ ഈ ഒരു ഉപമയുണ്ടല്ലോ നല്ല ഗംഭീരായിട്ടുള്ളതാണ് കാരണം ഒരു മേഘം ആകാശത്തിൽ വേറിട്ട് നിൽക്കുമ്പം ആ മേഘം എന്തിനായി ജന്മമെടുത്തോ ആ ജന്മത്തിന്റെ പൂർത്തീകരണം ഇല്ലാതെ പോവുക കാരണം ജന്മം മേഘം ആവിർഭവിച്ചത് മഴയായി പെയ്തിറങ്ങാനാണ് അങ്ങനെ ഇരിക്കെ കൂട്ട കൂട്ടമേഘത്തിൽ നിന്ന് വഴിതെറ്റി ഒരു ചിഹ്ന കഷ്ണമായിട്ട് എവിടെയോ ഇങ്ങനെ തിരിഞ്ഞു കളിച്ചു സൂര്യന്റെ കിരണങ്ങളേറ്റ് അതില്ലാതെയായി അങ്ങനെ ഒരു ചെറിയ മേഘം പോലെയായി തീരില്ലേ ഞാൻ എന്റെ ഗതി അതാവില്ലേ ഭഗവാനെ എന്നാണ് അർജുനന്റെ ചോദ്യം അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങ് പറയുന്ന ഏതാ ഞാൻ അനുസരിക്കേണ്ടത് ഒരിക്കലും രണ്ട് എന്താ തെണ്ടികൾ തെണ്ടികൾ എന്ന് പറഞ്ഞാൽ വഴിയാധാരായിട്ടുള്ളവർ അവരാണല്ലോ പറയും അങ്ങനെ അങ്ങനെ നടക്കുന്നവർ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടി അങ്ങനെ രണ്ടുപേരും സമാന സ്വഭാവമുള്ളവരാണ് കാരണം അവരങ്ങനെ യാത്ര ചെയ്യണം അപ്പൊ അവരവിടെ സിമെൻറ്റ് ബെഞ്ചിലിരുന്നിട്ട് അവരിങ്ങനെയായി തീരാനുള്ളതിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുകയായിരുന്നു ഒന്നാമം പറഞ്ഞു ഞാൻ ഒരാൾ പറഞ്ഞതും അനുസരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് ഒരാൾ പറയുന്ന ഒരു ഉപദേശവും ഞാൻ അനുസരിക്കില്ല മറ്റവൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞത് ഞാൻ അനുസരിക്കുമായിരുന്നു അതാ ഞാനിങ്ങനെയായത് ഒരാളും പറഞ്ഞത് അനുസരിച്ചില്ല എന്നതുകൊണ്ട് ഞാനിങ്ങനെയായി മറ്റവനോ എല്ലാവരും പറഞ്ഞു അവൻ എല്ലാവരോടും പോയിട്ടാണ് അഭിപ്രായം ചോദിക്കുക കുട്ടികൾ ഈ പ്ലസ് ടു കഴിയുമ്പോണ്ടല്ലോ വല്ലാത്തൊരു കൺഫ്യൂഷൻ അവർക്ക് ഈ പേരൻസ് ഇങ്ങനെ അവരുടെ ഫ്രണ്ടിനെ കണ്ട് ഫ്രണ്ട്സിനെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കും തൻ്റെ മോളെ ഏതിനാ തൻ്റെ മകൻ എന്തിനാ അപ്പൊ അപ്പം അവർ അയ്യോ നിങ്ങൾ കോയമ്പത്തൂർ വിടേണ്ട കേട്ടോ അവിടെ പ്രശ്നമാണ് അപ്പോഴാണ് ഇയാൾ കോയമ്പത്തൂര് ഫോമും കാര്യങ്ങളും എല്ലാം എഴുതി ഒട്ടിച്ച് വെച്ചത് വന്നു അത് വേണ്ട മോളെ വന്നു എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും മദ്രാസിലേക്ക് വിടൂ പിന്നെ മട്രാസിലേക്ക് ഇങ്ങനെ എന്നിട്ടിപ്പോൾ അവസാനം എന്തായി ഇപ്പൊ കുട്ടിക്ക് എവിടെയില്ല എന്ന് പറയാം ഇങ്ങനെ എവിടെയും ഇല്ലാത്ത ഒരു അവസ്ഥാ വിശേഷം എനിക്കും വന്നു പോവില്ലേ അതുകൊണ്ട് ഭഗവാനെ ഇതൊന്നുതാ ഓല് പറഞ്ഞുതരും എന്റെ സംശയങ്ങളിതാ ഞാൻ വീണ്ടും ഉന്നയിക്കുന്നു സംശയം കൃഷ്ണ സംശയു ഭഗവാന്റെ മുൻപിൽ അർജുനൻ ചില പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണ് എന്നാണെങ്കിൽ ഭഗവാനെ ശ്രദ്ധയോടുകൂടിയവനാണെങ്കിലും ശ്രദ്ധയുണ്ട് എന്നാലും അവൻ കുറച്ച് യത്നിച്ചു പ്രയത്നിച്ചു ഈ ഒരു കാര്യത്തിലേക്കായിട്ട് പക്ഷേ മനസ്സിൻ്റെ ഇളക്കം കാരണം അത് പ്രാപിക്കാൻ പറ്റാതെ അവൻ പകുതി വഴിയിൽ അവൻ ഈ യോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന് മരണം സംഭവിച്ചു വന്നിരിക്കട്ടെ ഇതിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ ഗതി എനിക്ക് തോന്നുന്നു അവനൊരു മേ കാറ്റിൽപ്പെട്ട ആകാശത്ത്പ്പെട്ട ഒരു ചിന്ന മേഘം പോലെ ആ മേഘത്തിൻ്റെ സാധ്യതയെ മുഴുവൻ എന്തിനായിക്കൊണ്ടാണോ മേഘം ജനിച്ചത് ആ പെയ്തിറങ്ങി മഴയായി പെയ്തിറങ്ങി അതിൻ്റെ പൂർണ്ണ സാക്ഷാത്കാരത്തിലേക്ക് വരാതെ അത് സൂര്യകിരണങ്ങളാൽ ബാഷ്പീകൃതമായി അത് വെറുതെ നഷ്ടപ്പെട്ടു പോവില്ലേ ഇങ്ങനെയാവില്ലേ ഒരുവൻ്റെ ഗതി ഇത്തരത്തിലുള്ള എൻ്റെ ഈ സംശയത്തെ ഏതന്മേ സംശയം കൃഷ്ണ ഇങ്ങനെയുള്ള എൻ്റെ ഈ സംശയത്തെ ഇല്ലാതെയാക്കാൻ പോന്നവനാണ് അങ്ങ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മാത്രമല്ല ഇനി വേറൊരാളുടെ അടുത്ത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്കിതിന് പരിഹാരം നിർദ്ദേശിക്കൃത്യമായ ഒരു പരിഹാരം വേറൊരാൾക്ക് ഈ വിഷയത്തിൽ എന്നെ സഹായിക്കാൻ പറ്റും എന്നും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അങ്ങ് തന്നെ എന്നെ സഹായിക്കണം ഇതാണ് ഭഗവാന്റെ മുൻപിൽ അർജുനൻ ഇതുവരെ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത് ഇതിപ്പോ സ്വാഭാവികമായിട്ടും ഗീതാ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കുറെ മുൻപിലേക്ക് വന്ന ഏതൊരാൾക്കും എന്താ ഇത് നിയം എന്താ പറയുക ഈ അർജുനന്റെ പ്രശ്നം ഒരു പ്രശ്നം തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നാണ് അപ്പൊ ഭഗവാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉറങ്ങുക തീരെ ഉറങ്ങാതിരിക്കുക ഒരുപാട് ഭക്ഷണം കഴിക്കുക തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക കാരണം നമ്മുടെ മനുഷ്യ മനസ്സിന് അർജുനൻ ചോദിച്ച ഈ പ്രശ്നം വളരെ എന്താ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് നമുക്കൊക്കെ മനുഷ്യ മനസ്സിനറിയുന്ന രണ്ടെണ്ണാണ് ഒന്നുകിൽ അതിൻ്റെ എക്സ്ട്രീമും രണ്ടിൻ്റെയും വൈരാഗ്യമാണെങ്കിൽ തികഞ്ഞ വൈരാഗ്യം ഭോഗമാണെങ്കിലോ ഭോഗം ഒടുക്കത്ത ഭോഗം മിഡിൽ എന്നുള്ളൊരു സംഭവം മധ്യവർത്തിയാകുക എന്നുള്ളത് സാധ്യമല്ല എന്ന് പറയുക അതുകൊണ്ട് ഈ എന്താ ഈ മദ്യ കമ്പനികളുണ്ടല്ലോ സ്വാമി കേട്ടതാണ് അതായത് അതായത് ഇതിനെക്കുറിച്ച് അതായത് ഒരു ചിലപ്പം അതൊരു സത്യമായിരിക്കാം കാരണം ഇന്ന് ഈ നാം മേടിക്കുന്ന പല ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനസ്സുകളുണ്ട് എങ്ങനെയാണ് നമ്മെ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ എങ്ങനെ ഒരുവനെ ഒരുവൻ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കണം എന്ന് നിശ്ചയിക്കുന്ന കുറച്ചാളുകളുണ്ട് അവരുടെ തല എന്താ അവരിങ്ങനെ കൂടിയിരുന്ന ദിവസവും ആലോചിക്കും എങ്ങനെയാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് അപ്പൊ ഈ മദ്യ കമ്പനികൾ മദ്യം നിർമ്മിക്കുന്നവര് അവരുടെ വലിയ വലിയ കോൺഫറൻസുകളിൽ അവരെടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അത്ര ഡോക്ടർമാരെ കൊണ്ട് അഡ്വൈസ് ചെയ്യിക്കുക എന്ത് സ്വൽപ്പം ആൽക്കഹോൾ ശരീരത്തിന് നല്ലതാണ് സ്വൽപ്പം അധികമാകരുത് ഇത്ര അവർ ഇത്ര പറഞ്ഞാൽ മതി ഒരു ഡോക്ടർ പറയുകയാണ് ഒരു സ്വല്പം ആൽക്കഹോൾ ഒരു വിസ്കി ഒരു പെഗ് വിസ്കി ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഇത്ര പറഞ്ഞാൽ പിന്നെ എത്ര കഴിക്കണം തീരുമാനിക്കുന്നത് അവനാണ് ഡോക്ടർ എപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് എന്താണ് ഇത് വലിയ വലിയ കമ്പനികൾ വളരെ ആസൂത്രിതമായിട്ട് ഡോക്ടർമാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നു അത്ര ഇതൊരു വലിയൊരു ഒരു ചെയിന് ഒരു കണ്ണിവിടെ ഉണ്ടല്ലോ മെഡിക്കൽ കമ്പനി ഇങ്ങനെയൊക്കെയുള്ള ഒരു സർക്കിള് അതിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് അപ്പൊ എത്രയാ അപ്പം മനസ്സ് ഈ എത്രയാകാം എന്നതിൽ നമുക്ക് യാതൊരു എന്താ പറയാ ഒരു ഒന്നാ ശരി ഒരു ഇതാവാം ഒന്നുകിൽ നമ്മൾ എന്താ പറയുക മുഴു അല്ലെങ്കിലോ ഇല്ല ഇല്ല ഇതാണ് നിയമവും ആധ്യാത്മിക ചര്യയും വേണയുടെ കമ്പി പോലെയാണ് അതധികം മുറുകാനും പാടില്ല തീരെ ലൂസാവാനും പാടില്ല നമുക്ക് ഈ മധ്യവർത്തിയായിരിക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഭഗവാൻ അർജുനനോട് മറുപടി പറയണു ശ്രീഭവവാ വിനശ്സി ദുർഗത്തി വിനശ ത കല്യാണകൃത് കശ്ചിത് ദുർഗതിം ഹേ താത ഗജതി ഭഗവാന്റെ മുൻപില് അർജുനൻ ഈ പ്രശ്നം വെച്ചപ്പം ഭഗവാൻ വളരെ സന്തോഷമായി അർജുനനോട് അർജുനനെ നല്ല ഒന്ന് രണ്ട് പേരുകളൊക്കെ വിളിക്കണം അല്ലയോ പാർത്ത ഇതിനു മുമ്പ് വിളിച്ചതാണ് അർജു അർജുന പായനെ പരമാർത്ഥത്തെ അർത്ഥിക്കുന്ന പാർത്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് കണ്ടത് അല്ലേ പരമാർത്ഥത്തെ സ്വീകരിക്കാൻ പാ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് പരമാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു മനസ്സ് ആ മനസ്സാണ് ഭഗവാനോട് ചോദിച്ചത് അല്ലയോ അർജുന തസ്യ ഇഹ വിനാശ തസ്യ അവന് കസ്യ ആർക്ക് നീ പറഞ്ഞുവല്ലോ യോഗം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പകുതിയിൽ വെച്ച് നഷ്ടപ്പെട്ടിട്ടുള്ള അവൻ കാലെടുത്ത് വെച്ചു ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്പ് മുൻപിലേക്ക് വെച്ചു അവന്റെ കാര്യം തസ്യ അവന് ഇഹ വിനാശ എന്ന വിദ്യത്തെ അവൻ ഇവിടെ ഒരു വിനാശം സംഭവിക്കുന്നില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ശ്ലോകങ്ങളാണ് എല്ലാ ശ്ലോകങ്ങളും പ്രത്യേകിച്ച് ഇത് അപ്പൊ പകുതി എത്രയാണോ തുടങ്ങിവെച്ചത് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രത്യവായ ദോഷവും അഭിക്രമനാശവും ഈ വിഷയത്തിൽ വരുന്നില്ല എന്നും ഈ ധർമ്മത്തിന്റെ സ്വൽപ്പം ആചരിക്കുന്നുവെങ്കിൽ ആ സ്വൽപ്പാചരണം കൊണ്ട് മഹാഭയങ്ങളെ പോലും അതിവർത്തിക്കാൻ പോന്നതാണ് എന്ന് സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാ എന്ന് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടിലോ മൂന്നിലോ പറയണു ഇഹ വിനാശ ന വിദ്യതേ അതുകൊണ്ട് അവന് ഇവിടെ വിനാശം എന്നൊന്ന് ില്ല കുറച്ച് തുടങ്ങിവെച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അമുത്ര അമുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്ത് മറ്റൊരിടം എന്നിവിടെ പറയുമ്പം പരലോകത്ത് പരലോകം എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഇവൻ തുടർന്നു അവിടെ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയണല്ലോ ആ തുടർച്ചയെക്കുറിച്ചൊക്കെ വേണം അതിനെക്കുറിച്ച് പറയാം അപ്പൊ ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ അവിടെ അവൻ എന്തുണ്ടാകുന്നു ഇതിന് സഹായകമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയാൻ പോകുന്നത് അമുത്ര വേറൊരു ലോകത്തും അവനതിൻ്റെ നാശം സംഭവിക്കുന്നില്ല താത പറയണം അല്ലയോ കുട്ടി താത എന്ന് പറഞ്ഞാല് വെറും കുട്ടി എന്നല്ല ശിഷ്യ എന്നൊരു വിളിയുണ്ട് ഉത്തമനായിട്ടുള്ള ശിഷ്യ ബ്രഹ്മവിദ്യ തനോതി ഇതി താത ബ്രഹ്മവിദ്യയെ പഠിച്ച് പ്രചരിപ്പിക്കുന്നവനാണ് താതൻ ബ്രഹ്മവിദ്യയെ പഠിച്ച് പ്രചരിപ്പിക്കുന്നവൻ ബ്രഹ്മവിദ്യാം തനോതി ഇതി താത അപ്പൊ കുട്ടികളെയൊക്കെ അങ്ങനെ വിളിക്കും താത ഇവിടെ え? എന്ന് ചോദിക്കുക ചിലപ്പോ അവർക്ക് മനസ്സിലാവില്ലേ എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ഇന്നതിനാണ് ഞാൻ നിന്നെ ഇന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ വിളിച്ചത് ഹേ താത കല്യാണകൃത് കഷ്ടിത് ദുർഗതി നഗച്ചതി കല്യാണകൃത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ ദുർഗതി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാകും എന്നല്ല കല്യാണകൃത് കല്യാണം എന്ന് പറഞ്ഞാല് മംഗളകരം എന്നാണ് അപ്പൊ കല്യാണം കഴിഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ മംഗളകരമായിട്ടുള്ളതെല്ലാം കഴിഞ്ഞു അല്ലേ അങ്ങനെയാ ഒരിക്കലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു അപ്പൊ ആക്സിഡന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വണ്ടിയിൽ നിന്നൊരാള് തെന്നി റോഡിൽ നിന്ന് മാറി അദ്ദേഹം ഒരു കുഴിയിലേക്ക് വീണു കുഴി എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഓരത്തുള്ള ഒരു ഇതിലേക്ക് വീണു സ്ഥലം അപ്പൊ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുകയാണ് ആളുകൾ വാഹനത്തോടുകൂടിയാണ് പറഞ്ഞു വീണത് അപ്പൊ രക്ഷപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോന്ന് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ദുരന്തം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ദുരന്തം ഇതാണ് വേറൊരു ദുരന്തവും എനിക്ക് സംഭവിച്ചിട്ടില്ല ഇതിനു മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ തമാശയാണ് അതൊക്കെ കല്യാണം എന്ന് പറഞ്ഞു മംഗളകരം വിവാഹം എന്ന് പറഞ്ഞാൽ അത് അത്യുദാത്തമായതാണ് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അത് അതിനെ എങ്ങനെയാണ് വിദ്യാമണ്ണം ആ കർമ്മത്തിലേക്കൊക്കെ പ്രവേശിക്കേണ്ടത് തുടർന്നുള്ള ജീവിതം ഏത് വിധത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഭാരതത്തിന് തനതായ ഒരു എന്താ പറയുക നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക അല്ലാതെ കല്യാണം കഴിക്കാതിരിക്കുന്നത് വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് ശ്രേഷ്ഠത എന്നൊന്നുമില്ല എന്തായാലും കല്യാണകൃത് എന്ന് പറഞ്ഞാൽ ശുഭകർമ്മം ചെയ്യുന്ന ഇനി കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു നല്ല രസകരമായിട്ടുള്ള നിരുക്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് നല്ലൊരു എന്താ പറയാ അർത്ഥം കിട്ടും എന്താണത് കാലേ പ്രാതഹ അണ്യതേ ശബ്യത ഇത് കല്യാണഹെന്ന നല്ല രസമാണ് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ കാലേ പ്രാതഹ പ്രഭാതത്തിൽ എന്താണ് അണ്യതേ ശഭ്യതേ ഇതി കല്യാണ പ്രഭാതത്തിൽ ശബ്ദിക്കുന്നത് കൊണ്ട് കല്യാണം ഈ പ്രപഞ്ചത്തില് പ്രഭാതത്തിലുണ്ടാകുന്ന എല്ലാ ശബ്ദങ്ങളും കല്യാണമാണ് മംഗളമാണെന്ന വീടുകളിലും അത് തന്നെയാണല്ലോ പ്രഭാതത്തിൽ തുടങ്ങും ശബ്ദം അല്ലേ അപ്പൊ പ്രഭാതത്തിലെ നമ്മുടെ ശബ്ദം കല്യാണകൃതമായിരിക്കണം ഇത് രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങുകയില്ലേ പാത്രങ്ങളുടെ ശബ്ദത്തോടൊപ്പം രണ്ടുപേരുടെയും അടി അത് കേട്ടിട്ടാണ് കുട്ടികൾ എഴുന്നേക്കുന്നതും കുട്ടികൾ എന്താ പഠിക്കുന്നതും ഒക്കെ അപ്പൊ എല്ലാ തരത്തിലുള്ള മംഗളത്തെയും കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ടാണ് അതിന് കല്യാണം എന്ന് പറഞ്ഞത് കല്യാണകൃത് കൃത് പറഞ്ഞാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ശുഭകർമ്മം ചെയ്ത അപ്പൊ ഇതൊരു കല്യാണമാണ് ഏത് ഈ ജ്ഞാനയജ്ഞം കല്യാണമാണ് അപ്പൊ ഈ കല്യാണം ചെയ്തിട്ടുള്ള കശ്ചിത് ഒരുവനും ദുർഗതി ദുർഗതി ഒരു യാതന അനുഭവിക്കേണ്ടുന്ന ഒരു അവസ്ഥാ വിശേഷം അവൻ പ്രാപിക്കേണ്ടി വരുന്നില്ല അവനൊരിക്കലും അത്തരത്തിലൊരു എന്താ ദുരന്തം ദുരന്തത്തിന് അവൻ ഇടയാകുന്നില്ല എന്ന കല്യാണകൃത് ദുർഗതി ഗച്ചതി അവൻ അങ്ങനെയുള്ള ഒരു ദുരന്തത്തെ നേരിടുന്നില്ല അപ്പൊ ഒരു തുടങ്ങിവെച്ചു ആ തുടങ്ങിവെച്ച് ആ അറിവ് അവനെ പരമമായ ശാന്തിയിലേക്ക് നയിക്കാൻ പോന്നതായി ഭവിക്കും പറയുന്നുടർ പുണ്ോകാൻ ഉഷിത്ത ശാശ്വത പുണ്യ ലോകാൻ ഉഷിത്ത ശാശ്വത സമാ ശുചീന ശ്രീമതം ്രഷ്ടഹ അഭിജായതേ ഇതാണ് യോഗ ഭ്രഷ്ട യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ മുറിവേറ്റവൻ പകുതിയിൽ വെച്ച് നിർത്തിയിട്ടുള്ളവൻ നിർത്തുന്നതിന് അവൻ തന്നെ ഇല്ലാതെയാകുന്നത് ആ ശരീരം തന്നെ നഷ്ടപ്പെടുന്ന കാര്യത്തിലാണ് അങ്ങനെയുള്ള അവന് പുണ്യകൃതാം ലോകാൻ പ്രാപ്യ പുണ്യം ചെയ്തിട്ടുള്ളവരുടെ ലോകാൻ ലോകങ്ങളെ ലോകം എന്ന് പറഞ്ഞ അനുഭവ മണ്ഡലത്തെ പ്രാപ്യ പ്രാപിച്ചിട്ട് ശാശ്വതീഹി സമാഹ ശാശ്വതീ സമാഹ എന്ന് പറഞ്ഞാൽ വളരെ കാലം ഉഷിത്വ ഉഷിത്വ എന്ന് പറഞ്ഞ സുഖമായി സന്തോഷത്തോടുകൂടി അവനെന്താ ശ്രീമതാം ഗേഹേ അഭിജായതേ വീണ്ടും ഐശ്വര്യമാർന്നവരുടെ ഗൃഹത്തിൽ ഗേഹത്തിൽ ധനികന്മാരുടെ എന്നൊക്കെ ഉണ്ട് പറയാം എന്തൊക്കെയാണെന്ന് ഗേഹം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ അഭിജായത്തെ ജനിക്കുന്നു യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ മുറിവേറ്റവൻ പകുതിയിൽ വച്ച് നിർത്തിയിട്ടുള്ളവൻ നിർത്തുന്നതിന് അവൻ തന്നെ ഇല്ലാതെയാകുന്നത് ആ ശരീരം തന്നെ നഷ്ടപ്പെടുന്ന കാര്യത്തിലാണ് അങ്ങനെയുള്ള അവന് പുണ്യകൃതാം ലോകാൻ പ്രാപ്യ പുണ്യം ചെയ്തിട്ടുള്ളവരുടെ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 ധനികന്മാരുടെ എന്നൊക്കെയുണ്ട് പറയാം എന്തൊക്കെയാണെന്ന് ഗേഹം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ അഭിജായതെ ജനിക്കുന്നു അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് അപ്പൊ ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിനായിട്ട് നമുക്കൊരു യാത്രയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതമൊക്കെ എടുത്ത് നോക്കണം അപ്പം പലപ്പോഴും എത്ര അതായത് നമ്മുടെ ഒരു വളർന്ന ചുറ്റുപാട് വളർന്ന് നമ്മുടെയൊക്കെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും നമുക്ക് വേണ്ട ജ്ഞാനം തരുന്നതിനായിട്ട് നമ്മളെ ഈ ഒരു ഈ വിഷ ഈ മാർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളവർക്കൊക്കെ അതറിയാൻ പറ്റും ഒന്ന് പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സത്യം നമ്മെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് പലപ്പോഴായിട്ട് പല വിധത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും ചിലപ്പോ ആദ്യ ഇത് തുടങ്ങിയിട്ടുണ്ടാവുക അച്ഛൻ തന്നെയായിരിക്കും ചിലപ്പോ അച്ഛൻ ഒരു രാമായണം അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത ഇത്യാദി കാര്യങ്ങളൊക്കെ എന്താ പറയുന്ന അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ഒരാളായിരിക്കും അങ്ങനെ ഒരു അച്ഛന്റെ മകനായി മകളായി ഒക്കെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേറെ പുണ്യൊന്നുമില്ല പക്ഷേ ജനിച്ചിട്ടും ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തതുണ്ട് അത് വേറെ അതും പറയാം സ്വാമി അച്ഛന് വട്ടാണ് വേറെ പണിയൊന്നുമില്ല രാവിലെയായി ഇത് അടിച്ച ഒരു പുസ്തകമായിട്ട് പോകും ഞാൻ ആലോചിക്കുക എന്തിനാ ഇങ്ങനെ വെറുതെ പോകുന്നത് അങ്ങനെയുണ്ട് അങ്ങനെ അച്ഛന്റെ അതിനെയൊന്നും ഒട്ടും എന്നാൽ അച്ഛന്റെ ആ ഗുണങ്ങളൊക്കെ കിട്ടുന്ന മക്കളുമുണ്ട് അപ്പൊ വിനോബാജി വിനോബാജി വാസ്തവത്തില് ജയിലില് ഈ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകുന്നത് അമ്മ പറഞ്ഞിട്ടാണ് അമ്മ പറയുന്നുണ്ട് വിനോബാജിയോട് വിന്യാ എനിക്ക് ഈ ഗീതാപുസ്തകമൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല മോനെ അപ്പം വിനോബാജി പറയുക അമ്മയ്ക്ക് ഞാനൊരു കാര്യം ചെയ്യാം ഇന്ന് കേതോ ഒരാളുടെ വ്യാഖ്യാനം അന്ന് ഉള്ള നല്ലൊരു ഹിന്ദിയിൽ നല്ലൊരു ടീക്ക കൊണ്ടു കൊടുത്തു ഏ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ വേറെ ഏതൊക്കെയോ ഇങ്ങനെ വിനോബാജി നല്ല ഒരു മൂന്നാല് വ്യാഖ്യാനം അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ അമ്മ പറയുകയാണല്ലോ ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല നീ ഒരു കാര്യം ചെയ്യും നീ എനിക്ക് ഇതൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ചതാണ് നിൻ്റെ ഭാഷയിലൊന്ന് പറഞ്ഞു ഒരമ്മ മകനോട് നീ എനിക്ക് ഗീത പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ആ ഒരു ഒരു കൾച്ചറൊന്ന് നോക്കും നീ ഒന്നും എന്നോട് പറയുന്നില്ലല്ലോ നീ അവൾക്ക് കഴിഞ്ഞ മാസം ഒരു സാരി മേടിച്ചു കൊടുത്തില്ലേ നീ എന്നോട് ഒളിക്കുന്നത് നമ്മൾ ആകെ ചോദിക്കുക ഇങ്ങനത്തെ ഓരോ ഓരോ തുക്കടാ കണക്കുകളാ നീ അവൾക്ക് കഴിഞ്ഞ മാസം മേടിച്ചു കൊടുത്തില്ലയോ ഒന്ന് നിങ്ങൾ സത്യം പറയും രണ്ടുപേരും കൂടെ പുറത്തു പോയിട്ടല്ലേ കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കഴിച്ചത് നിങ്ങൾക്ക് എന്താ എന്നെ ഒരു ദിവസം കൊണ്ടുപോയാൽ ഒരമ്മ മകനോട് പറയുക മോനെ നീ ഒന്ന് പറഞ്ഞതാ എനിക്ക് ഗീത അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിനോബാജി ഗീത തയ്യാറാക്കുന്നത് അതിന്റെ അവസരം പിന്നീട് ജയിലിൽ വെച്ചിട്ടാണ് കിട്ടിയത് അപ്പൊ ശുചീനാം ഗേഹെ എന്ന് പറയുമ്പം അപ്പൊ നമ്മളൊക്കെ ജനിക്കുന്ന ചുറ്റുപാട് നിങ്ങളൊക്കെ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വാമിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇനി ഇത് ടി കാണുന്നവരാണെങ്കിലും ഒരു സംസ്കാരം എവിടെയോ ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എവിടെയോ തുടങ്ങി അത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഒരു ചുറ്റുപാടിൽ അത് എത്ര എന്താ പറയുക ഇതിന് വിരുദ്ധമായിട്ടുള്ള ചുറ്റുപാടിൽ നിങ്ങൾ പെട്ടു കഴിഞ്ഞാലും അവിടെ നമ്മളെ തേടി ആരെങ്കിലും എത്തി നമ്മളോട് ഇത് പറഞ്ഞു തരും ഒരു തുടക്കം എവിടെയൊക്കെയോ നടക്കും നമ്മുടെ കാര്യത്തിൽ തന്നെ അത്ഭുതമാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പക്ഷേ എന്തോ നാലാം ക്ലാസ്സിൽ വെച്ച് സംസ്കൃതം പഠിക്കാനൊരു ആഗ്രഹം ആഗ്രഹമല്ല ഒരു സ്കൂളിലെ ഒരു ടീച്ചർ വന്നു വളരെ സ്നേഹിക്കുന്ന ഒരു ടീച്ചർക്ക് കുറച്ച് കുട്ടികളെ കിട്ടണം അതായിരുന്നു ടീച്ചറുടെ പോസ്റ്റ് നിലനിൽക്കണം മാനേജ്മെന്റ് ആ പോസ്റ്റ് നിലനിർത്തണമെങ്കിൽ കുറച്ച് കുട്ടികൾ വേണമല്ലോ അങ്ങനെ ടീച്ചർ വളരെ സ്നേഹമായിട്ട് പെരുമാറി പിന്നെ ഒരു പുതിയ ഭാഷ കേട്ടപ്പോൾ കുക്കുടഹാ കൂജന്തി എന്നൊക്കെ പറഞ്ഞു വാ രാമ രാമു രാ അപ്പോൾ ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞു ഏത് ഭാഷയിലും നിങ്ങൾക്ക് രണ്ട് വചനങ്ങളേ ഉള്ളൂ ഒന്നുകിൽ ഏകവചനം അല്ലെങ്കിൽ ബഹുവചനം നിങ്ങളൊരു പേനയ്ക്ക് ഇംഗ്ലീഷിൽ പെൻ എന്ന് പറയും രണ്ട് പേനയ്ക്ക് പെൻസ് മൂന്ന് പേനയ്ക്കും പെൻസ് എസ് ചേർത്ത് കഴിഞ്ഞാൽ അത് ബഹുവചനം സംസ്കൃതത്തിൽ അങ്ങനെയല്ല കലം കലവും കലവും എന്ന് പറഞ്ഞാൽ രണ്ടു പേന മാത്രം കലാഹെന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഭാഷയുടെ മഹത്വം അത് ഇതൊക്കെ പറഞ്ഞപ്പോൾ തരക്കേടില്ല പഠിക്കണം എന്ന് തോന്നി പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായി അതൊന്ന് ഇതുമായിട്ട് യാതൊരു ബന്ധുവിദ്യ എന്തൊക്കെയോ എവിടെയൊക്കെയോ പിന്നെ ആശ്രമത്തിൽ ചെന്ന് പഠിക്കുന്ന സമയത്താണ് ഈ പൊടിതട്ട് ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടും സംസ്കൃതത്തോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു പിന്നെ വെറുതെ സംസ്കൃതം പഠിക്കാൻ കോഴിക്കോടൊരു ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞു അവിടെ ക്ലാസ് നടക്കുമ്പോൾ അവിടെ പോവായിരുന്നു അപ്പോഴും ഇതിലൊന്നും തികഞ്ഞ ഈ ആധ്യാത്മികതയുടെ ഇതിനല്ല എന്തോ ആ ഭാഷയോട് കുറച്ചൊരു സ്നേഹം തോന്നി അതൊക്കെ വളരെ വളരെ ഉപകരിച്ചു എന്ന് പറയാം അപ്പൊ ഇപ്പം നമ്മൾ ആലോചിക്കും ഇന്നലകളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അതൊക്കെ ഇതിനു വേണ്ട ഒരു കരുപ്പിടിപ്പിക്കലായിരുന്നു എന്ന് ഇത് ഇതുപോലെ നിങ്ങളുടെ ഇന്നലകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛനന്ന് പറഞ്ഞു തന്നത് അമ്മ പറഞ്ഞു തന്നത് അല്ലെങ്കിലും മുത്തശ്ശി പറഞ്ഞു തന്നത് ആരെങ്കിലും രാമായണം വായിച്ച കേട്ടിട്ടുള്ളത് ആരെങ്കിലും തന്ന പുസ്തകം ആരെങ്കിലും പറഞ്ഞിട്ട് അത് കേൾക്കാൻ അല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധ്യമല്ല ഇതിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളുള്ളിൽ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അത് ഒന്ന് പൊടിതട്ടുകയാണ് ഇവിടെ വാസ്തവത്തിൽ ചെയ്താൽ അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇതിനൊരു തുടർച്ചയുണ്ട് എന്ന് പറയുക ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഗഹനങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു അതാണ് സ്വാമി കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഇനിയും അതിനെ ഒന്ന് നിരീക്ഷിക്കുക നാം ഉറങ്ങുന്ന സമയത്ത് ഏത് ചിന്തയുമായാണ് നാം ഉറങ്ങുന്നത് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഏതൊരു ചിന്തയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് നാം ഉറങ്ങിയിട്ടുള്ളത് പ്രഭാതത്തിൽ ഉണരുന്ന സമയത്ത് അതേ ചിന്തയോടുകൂടിയിട്ട് തന്നെയായിരിക്കും ഉണരുക ഈ കാലയളവിൽ എവിടെയായിരുന്നു ഈ ചിന്ത അന്തർലീനമായത് അതാണ് സൂക്ഷ്മ ശരീരം അപ്പൊ ഈ സൂക്ഷ്മശരീരം സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മശരീരം അടുത്ത് ഒരു ശരീരത്തെ പ്രാപിക്കുന്നതിൻ്റെ ഇടയിലൊരു കാലയളവൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക വേദാന്തത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ പറയണു ഭാഗവതത്തിലൊക്കെ ഇപ്പം നമ്മൾ ഈ ജ്ഞാനയജ്ഞം ഇവിടെ നടക്കുമ്പോ നിങ്ങൾ മാത്രമല്ല ഇതിരുന്ന് കേൾക്കുന്നത് വേറെയും കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് പേടിക്കൊന്നും വേണ്ട ചില സ്ഥൂല ശരീ സൂക്ഷ്മ ശരീരങ്ങൾ ഭാഗവതത്തിൽ അതിന് ഒരു മുളയടിച്ച് അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക ദുന്ദുകാരിയെ ആവാഹിച്ചിരുത്തുന്ന ഒരു കാര്യം പറയുന്നു എന്നിട്ട് ഓരോരോ മുള പൊട്ടുന്നതായിട്ടാണ് എന്നിട്ട് ഏഴാമത്തെ ദിവസം മോചനം കിട്ടുന്നതൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പം അത് ആ വഴിക്കൊക്കെ നമ്മൾ വേറെ ഓരോ അന്വേഷണവും ഗവേഷണവും ഒക്കെ നടത്തേണ്ടി വരാം ഇനി ഇതൊരു തരത്തിൽ അതായത് ശരീരത്തിൻ്റെ സ്ഥൂല ശരീരത്തിൻ്റെ പതനത്തിന് ശേഷം ഈ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശരീരത്തിന് വീണ്ടും യാത്ര ഉണ്ടെങ്കിൽ ആ യാത്രയിൽ തുടർന്നുള്ള യാത്രയിൽ ഈ നേടുന്നത് സഹായകമായി ഭവിക്കുന്ന അപ്പൊ ഈ ശരീരത്തിൻ്റെ ഒരു അവസാനമുണ്ടല്ലോ അതെപ്പോഴാണ് അതായത് ഈ ഇപ്പം നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് നമ്മൾ പൂർണ്ണരാണ് പക്ഷേ നമുക്ക് ഈ ജന്മം കിട്ടുന്നതോടുകൂടി നമ്മുടെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നു നമ്മുടെ ഒരു ഒരു അംശം മാത്രമേ പ്രകടമാകുന്നുള്ളൂ കേവലം ഭാഗികമായിട്ടാണ് നാം പ്രകടമാകുന്നത് ഈ ഭാഗികമായിട്ടുള്ള പ്രകടനം നമ്മെ സംബന്ധിച്ച് അങ്ങേയറ്റം അസ്വാതന്ത്ര്യത്തെ നാം അനുഭവിക്കുന്നു നമ്മൾ സ്വതന്ത്രരാകുന്നില്ല അതായത് ഒരു ഉദാഹരണം യ്ക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി കെട്ടിവരിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ട് ശരീരത്തെ മുഴുവൻ കെട്ടിവരിഞ്ഞിട്ട് ഒരു ചെറുതിരൽ മാത്രം സ്വതന്ത്രമാക്കിയിരിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിക്കൂ ഈ ചെറുതിരൽ മാത്രം ഇങ്ങനെ ഇളക്കാൻ പറ്റും ബാക്കി മുഴുവൻ എന്താണ് കെട്ടിവരിഞ്ഞിട്ടിരിക്കുക അപ്പൊ ഈ കെട്ടിവരിഞ്ഞ ഈ കെട്ടിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ മോചനം വേണം ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താ ഈ ഒരു ചെറുവരലിന്റെ സ്വാതന്ത്ര്യമാണ് ഇതിനെയും കൂടെ നമുക്ക് എന്താണ് എന്താ മോചിത ഇതിൽ നിന്നും മോചിതനാകേണ്ടതുണ്ട് അതുകൊണ്ട് നാം മോചനത്തെ എപ്പോഴും ആഗ്രഹിക്കുന്നു നാം സ്വാതന്ത്ര്യത്തെ നിരന്തരം ആഗ്രഹിക്കുന്നു നമുക്ക് എല്ലായിടത്തും പോണമെന്നുണ്ട് നമ്മൾ ഇരിക്കണമെന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോ എല്ലായിടത്തും വരണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നാളെ നിങ്ങളുടെ ഫോട്ടോ പത്രത്തിൽ വരുന്നുരിക്കട്ടെ അമ്പതാം ദിവസം എന്നൊക്കെ പറഞ്ഞു ഏ ഇരിക്കട്ടെ അപ്പൊ നിങ്ങളത് നോക്കുവാ ഇല്ലേ എന്നിട്ട് നമ്മൾ പറയു ഇതാ ഞാനിതാ ഞാനിതാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിക്കും അപ്പോ നമ്മുടെ നേരെ മുൻപിൽ ഇരിക്കുന്ന ആളുടെ തല കാരണം നമ്മുടെ മുഖമൊന്നും കാണാൻ ഏ അതെ ഒട്ടുമില്ല എന്ന് പറയുന്നത് പിന്നെ ഉള്ളതെന്താണ് ഒരംശം ഒരു പൊടി ആ പൊടി കാണിച്ചിട്ട് പറയാം ഇതാ ഇതാണ് ഞാൻ അയാൾ ഇരിക്കുന്നത് കൊണ്ട് എന്നെ കണ്ടില്ല എന്ന് പറയാം ഇതാണ് ഞാൻ ഇനി നമ്മൾ ആ ചിത്രത്തിലേ ഇല്ല പക്ഷേ നമ്മൾ ഏകദേശം ഇരിക്കുന്നത് കാണിച്ചിട്ട് അടുത്ത കോളത്തിൽ കാണിച്ചിട്ട് പറയാം ഞാനിതാ ഇവിടെ ഇരുന്നത് അടുത്ത കോളത്തിൽ ചരമകോളം അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ഇരിക്കുക എന്നാലും നമ്മൾ പറയുക ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കുന്നത് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ അവരുടെ ആൽബത്തിൽ നമ്മുടെ ഫോട്ടോ അങ്ങനെ വളരെ നന്നായിട്ട് അപ്പൊ നാം എല്ലായിടത്തും ആയിരിക്കാൻ നമുക്ക് അങ്ങേയറ്റത്ത് ആഗ്രഹമുണ്ട് എല്ലായിടത്തും നമ്മുടെ പേര് തന്നെ വളരെ വിശേഷപ്പെട്ട ഒരാൾക്ക് ഉണ്ടെങ്കിലോ പ്രധാനമന്ത്രിയുടെ പേര് എൻ്റെ പേരാ അപ്പൊ നമുക്ക് എല്ലായിടത്തും അതുപോലെ എല്ലാറ്റിലും നാം ഉണ്ടായിരിക്കണം നാം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നാം കേവലം ഭാഗികമായി പ്രകടമായതുകൊണ്ടാണ് എനിക്ക് പൂർണ്ണമായി പ്രകടമാകേണ്ടതുണ്ട് എനിക്ക് ഈ വിശ്വമായി തീരേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്കെന്ത് വേണം എനിക്ക് മോചനം വേണം ഇത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മുഴുവൻ പിടികിട്ടും അതുകൊണ്ട് എനിക്ക് പൂ എൻ്റെ ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ദാഹം എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇതിൽ തന്നെ എന്താ പറയുക ശ്രദ്ധിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള എന്താ പറയുക പ്രയാണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ചുള്ള ഗൃഹങ്ങളിൽ ഗേഹങ്ങളിൽ നാം എത്തിച്ചേരുന്നു ഭഗവാൻ പറയുന്നത് അതാ പ്രാപ്യ പുണ്യകൃതാം ലോകാൻ പ്രാപ്യ യോഗഭ്രഷ്ടഹ പുണ്യകൃതാം ലോകാൻ പ്രാപ്യ ശാശ്വതീ സമാഹ ഉഷിത്വ ശുചീനാം ശ്രീമതാം ഗേഹേ അഭിജായതേ ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും എന്തുകൊണ്ട് ഇതിൽ വരുന്നില്ല അല്ലെങ്കിൽ ീ നോക്കൂ നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കൂ ഈ പറഞ്ഞ് ഈ റോഡുണ്ടല്ലോ എന്താ ഈ റോഡിന്റെ പേര് ദർബാർ ഹാൾ റോഡോ ഗ്രൗണ്ട് ആ എന്താ റോഡ് ഈ റോഡിന്റെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വീടുകളുണ്ട് എത്രയോ വീടുകളുണ്ട് അവിടെ എല്ലാവരും വരുന്നുണ്ടോ ഇല്ല ആലുവ എന്നൊക്കെ വളരെ ഉള്ളുന്ന ആളുകൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണത് ഇതാണ് കാര്യം ഇപ്പൊ നമ്മൾ വിചാ നമ്മളിപ്പോ വിചാരിക്കണം ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാറക്കുന്നിടത്ത് പോയിട്ട് ഇത് കേൾക്കാം അല്ലെങ്കിൽ ഇത് വെക്കാം എന്നാ അവിടെ ഒരുപാടാളെ കിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല അതിന് ഇതൊന്ന് മനസ്സിലാക്കണം ഇത് ചെയ്തു വെക്കേണ്ടതുണ്ട് എന്ന് പറയാം ഇനിയിപ്പോ ഒരാള് തുടക്കത്തിൽ ആദ്യമായിട്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നു അയാൾക്കിതിലൊരു താല്പര്യം ജനിക്കുന്നുവെങ്കിൽ അയാളും തുടങ്ങി വെക്കുകയാണ് ഇതിൽ അർജുനന്റെ ചോദ്യം അതായിരുന്നു അതുകൊണ്ട് കാതു വന്ന് കാതു കുത്തി പോയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നവൻ കടുക്കനിട്ടവനായിരിക്കും വെറും കാതു ആയിട്ടല്ല വരുന്നത് കടുക്കനിട്ടവൻ അതുകൊണ്ട് ചിലപ്പോ ഒരു ഒരു കാതിലൊക്കെ ഉണ്ടാവുള്ളൂ അടുത്തതും കൂടെ വരും എന്ന് പറയും ഒരിക്കലും അത് വൃതാവിലാവില്ല അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് ശ്രീമതാം ഗേഹേ അഭിജായതേ ഐശ്വര്യവാന്മാരുടെ ധനവാന്മാരുടെ ധനം എന്ന് പറയുമ്പം ഇത് തന്നെയാണ് ഏറ്റവും വലിയ ധനം അല്ലാത്ത ധനമൊന്നും ധനമാവുന്നില്ല എന്നാ ധനം പിന്നെ നമ്മൾ ധനത്തെ നമ്മൾ മഹാലക്ഷ്മിയായിട്ടാണല്ലോ നമ്മുടെ സംസ്കൃതിയിൽ കാണുന്നു അതും ഒരു ഐശ്വര്യമാണ് അതും കൂട്ടത്തിലുണ്ടെങ്കിൽ വളരെ നല്ലത് ധനം ഉണ്ടായിട്ട് തന്നെ ഉറക്കമില്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ ശരി തുടർന്ന് ുർഭതം ലോകേ ജന്മ യീദൃശം അഥവാ യോഗിനുലേ ധീമത ദുർഭതരം ലോകേ ജന്മ യീദൃശം യത് ഈദൃശം അഥവാ അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നു ഇതൊരു സാധ്യത ഈ സാധ്യത അല്ലെങ്കിൽ ഇനിയൊരു സാധ്യത എന്താണ് യോഗിനാം ധീമതാം കുലേവ യോഗനിഷ്ഠയുള്ള ധീമതാം ജ്ഞാനികളുടെ അപാരന്മാരായിട്ടുള്ള ജ്ഞാനികളുടെ കുലേ ഭവതി കുലത്തിൽ ജനിക്കുന്നു അപ്പൊരു എന്താ പറയുക വിവേകാനന്ദ സ്വാമികളുടെ നമ്മള് ഇപ്പൊ കൽക്കട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കൂ തൃശൂരില് വിവേകാനന്ദ സ്വാമികള് ഒരു വീട്ടിൽ വന്ന് വിശ്രമിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ അവിടെ സിറ്റി തന്നെയാണ് ഇന്നിപ്പോൾ അതൊരു അഡ്വക്കേറ്റിന്റെ വീടാണ് അവരെ ഇപ്പോഴും ആ വീടിന്റെ ഒരു സൈഡിൽ ഒരു ഔട്ട് ഹൗസ് പോലെ അവിടെ അതിനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഭംഗിയാക്കി പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അധികം ആളുകൾക്കൊന്നും അറിയില്ല നമ്മൾ അവിടെ പോയിരുന്നു വിവേകാനന്ദ സ്വാമികൾ അവിടെ വന്നു അവിടെ ഇരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു മഹാത്മാവ് ഒരു സ്ഥലത്ത് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അതിന് വലിയൊരു ഭാഗ്യമാണ് ഇപ്പൊ എവിടെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പാറകളുണ്ടല്ലേ എത്രയോ സുന്ദരമായിട്ടുള്ള പാറകൾ ഇപ്പൊ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ തലശ്ശേരിയിലും ആ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കടലിന്റെ ഉള്ളിലേക്ക് ചേർന്നുകൊണ്ടൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പാറകളുണ്ട് ആരും അവിടെ പോയി ഇരിക്കാറില്ല പക്ഷേ വിവേകാനന്ദ പാറ എന്ന പേരിൽ കന്യാകുമാരിയിൽ എന്തുകൊണ്ട് ആ പാറയ്ക്ക് ഇത്ര പ്രാധാന്യം സ്വാമിജി അവിടെ പോയി ഇരുന്നു ഒരു മഹാത്മാവിന്റെ സാന്നിധ്യം പാറയെ പോലും പരിചിതമാക്കുന്ന പിന്നീട് ആളുകൾ വന്ന് അവിടെ ഇരിക്കാൻ തയ്യാറാവും അപ്പൊ ഇങ്ങനെ ഒരാളുടെ കുലത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാലോ ജ്ഞാനികളുടെ അപ്പൊ നമുക്ക് അറിയാം ഈ എറണാകുളത്തും അതുപോലെ തൃശ്ശൂർ അവിടെ ഇവിടെയൊക്കെ ചിന്നയാൻ സ്വാമികളുടെ എന്തെങ്കിലും ഒരു ബന്ധം അമ്മാമന്റെ അമ്മായിയുടെ ചാച്ചൻ്റെ പെങ്ങളുടെ മരുമകന്റെ കുട്ടിയുടെ വല്യാപ്പയുടെ മോന്റെ മോന്റെ മോളുടെ മരുമകന്റെ ഏ കുട്ടിയുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ അവർക്ക് വലിയൊരു അഭിമാനാണ് ഓ ഞങ്ങളൊക്കെ ഞങ്ങൾ പൂതാമ്പള്ളിക്കാരാണ് അതുകൊണ്ടാ സ്വാമിജി അവിടെ ജനിച്ചു സ്വാമിജി ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു മഹത്വം അതുപോലെ ശങ്കര പരമ്പരയിൽ ശങ്കരാചാര്യ സ്വാമി ഞങ്ങളും മേൽപ്പഴൂര് പെട്ടതാണ് അല്ലെങ്കിൽ ഞങ്ങളും അമ്മാണോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഇല്ലത്തുള്ളതാണ് എന്നൊക്കെ പറയുമ്പം ആരെയാണ് ഗുരുദേവന്റെ കുലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ ഇതുപോലെ ഓരോ മഹാത്മാക്കളുടെ കുലത്തില് ആ മഹാത്മാക്കള് ജന്മം കൊണ്ട കുലത്തില് ജനിക്കുമ്പം തന്നെ ഒരു ഐശ്വര്യമുണ്ട് പിന്നെ അവരുമായിട്ടുള്ള സമ്പർക്കം കൂടെ ഉണ്ടായി കഴിഞ്ഞാലോ അല്ലെ അപ്പൊ ശ്രീ ഇവിടെ പറയണോ എന്താണ് യോഗിനാം കുലേ ഭവതി യോഗികളുടെ കുലത്തില് ചിലപ്പോ അവരുടെ നിത്യ കിട്ടുന്ന ചില ചില അമ്മമാർക്കുണ്ടാവുന്ന ഭാഗ്യം അങ്ങനെയുള്ള ആളുകളുടെ ഭാര്യയായി തീരാനൊക്കെയാ അപ്പൊ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ നിങ്ങൾക്കറിയുമോന്നറിയില്ല തിരുവനന്തപുരത്താണ് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ ആയിര കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാജ്ഞാനി ഒരു ബ്രഹ്മനിഷ്ഠൻ ഒരു ഇളക്കവും ഇല്ലാതെ എന്ത് സംശയവും നിങ്ങൾ പോയി ഇരുന്നാൽ തീരും അദ്ദേഹത്തിന്റെ അടുത്തിരുന്നാൽ ഗൃഹസ്ഥനാണ് ഗൃഹസ്ഥാശ്രമിയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഭാര്യയായി ജനിച്ച ആ അമ്മയുടെ ഒക്കെ ഭാഗ്യം എത്രയാണ് എത്രയായിരിക്കും അല്ലേ അവരാണെങ്കിൽ ഇതിൽ അതീവ ശ്രദ്ധയുള്ളവരാ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവർ പ്രേമ വിവാഹമായിരുന്നു ഓ അങ്ങനെ ഒരു മഹാത്മാവിനെ പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അല്ലേ എത്രയോ കൊരങ്ങന്മാരെ നമ്മൾ പ്രേമിക്കണം ഇല്ല അല്ല അത് തന്നെ നോക്കണം ഭഗവാൻ ഇന്ന് ഗീത വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞതന്നെ ശ്രീമതാം ഗേഹേ യോഗിനാം കുലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മളോട് ചോദിക്കുമല്ലോ വല്ലപ്പോഴും ചോ എന്താ പറയുക ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കും ഏതാണ് കുലം ഏതാണ് ഗോത്രം ആരാണ് ഗോത്രത്തിൻ്റെ നേതാവ് അങ്കിരസാണോ അതോ വിശ്വാമിത്രനാണോ അതോ അതാണോ ഇതാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടോ അത് ശരി ഗോത്രമുണ്ട് കുലമുണ്ട് അവിടെ ഒരു ഋഷിയുണ്ട് ഋഷി എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ ഏത് കുലത്തിലും നമ്മൾ പെട്ടുപോകും അപ്പൊ അവരായിട്ടൊരു നേരിട്ടൊരു സമ്പർക്കം കൂടെ ഉണ്ടെങ്കിലോ ധീമതാം കുലേ ഏവ ഭവതി അതുകൊണ്ട് അങ്ങനെയുള്ള കുലത്തിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും ജനിക്കും ശ്രീമതാം ഗേഹേ യോഗിനാം കുലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മളോട് ചോദിക്കുമല്ലോ അപ്പൊ വല്ലപ്പോഴും ചോ എന്താ പറയുക ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കും ഏതാണ് കുലം ഏതാണ് ഗോത്രം ആരാണ് ഗോത്രത്തിന്റെ നേതാവ് അങ്കിരസാണോ അതോ വിശ്വാമിത്രനാണോ അതോ അതാണോ ഇതാണോ എന്നൊക്കെ പറയുമ്പോ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് ശരി ഗോത്രമുണ്ട് കുലമുണ്ട് അവിടെ ഒരു ഋഷിയുണ്ട് ആരാണ് ഋഷി എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ ഏത് കുലത്തിലും നമ്മൾ പെട്ടുപോകും അപ്പൊ അവരുമായിട്ടൊരു നേരിട്ടൊരു സമ്പർക്കം കൂടെ ഉണ്ടെങ്കിലോ യോഗിനാം ധീമതാം കുലേ ഏവ ഭവതി അതുകൊണ്ട് അങ്ങനെയുള്ള കുലത്തിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും ജനിക്കും അപ്പൊ ഇതിൻ്റെയൊക്കെ തുടക്കം ചിലപ്പം എന്താ പറയുക അതുകൊണ്ട് ശങ്കരാചാര്യരുടെയൊക്കെ ജീവിതം നോക്കും ശങ്കരാചാര്യ ജനിച്ച ഉടനെ ഇത് വളരെ ചെറിയ പ്രായത്തിൽ അല്ലേ വളരെ ചെറിയ പ്രായത്തിൽ ആദ്യം തന്നെ ശങ്കരാചാര്യസ്വാമികളെ പരീക്ഷിക്കാൻ എന്നവണ്ണാണ് സഹസ്രനാമം എടുത്തു കൊടുക്കുന്നത് ഒന്ന് വ്യാഖ്യാനിക്കോ കേൾക്കട്ടെ ഇപ്പം പറഞ്ഞത് ഉപനിഷത്തതിന് ഭാഷ്യം രചിക്കണമെന്നാണ് ചെറിയ കുട്ടി പോയിട്ട് അച്ഛനോട് ഇങ്ങനെ അല്ല അച്ഛനോട് നല്ല ഒരാളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒരു ചെറിയൊരു പയ്യൻ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഇപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ അതായത് ഒരു ഈ പ്ലാനൊക്കെ വരയ്ക്കുന്ന ഒരു എഞ്ചിനീയർ ഒരു സൈറ്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ വന്നിട്ട് പറയാം എനിക്കൊരു പത്ത് ഏക്കർ സ്ഥലത്ത് ഒരു വലിയ വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ആളുകൾക്ക് എന്തോ എന്തോ കുഴപ്പമുണ്ട് കാരണം ചെറിയൊരു പയ്യൻ ഇങ്ങനെയൊക്കെ ഇവനെങ്ങനെയാ വരുന്നത് അത് ഒരിക്കലും സംഭാവ്യമല്ലാത്തൊരു കാര്യം ശരി ഞാൻ വരാൻ പോയി കൊള്ളാൻ പറയും അതുപോലെയാണ് ചെറിയ കുട്ടി വന്നിട്ട് ഉപനിഷത്തൊക്കെ എനിക്ക് ഭാഷ്യം രചിക്കണം ഒരു ഉപനിഷത്ത് നിന്ന് കേട്ടാൽ ഏതായാലും ഗുരുവിന് എന്താ അങ്ങനെ അങ്ങോട്ട് നിരുത്സാഹപ്പെടുത്താൻ തോന്നിയില്ല അപ്പോഴാണ് എടുത്ത് സഹസ്രനാമം എടുത്തു കൊടുത്ത ഇതൊന്ന് വ്യാഖ്യാനിച്ചു വരാൻ കൊടുത്തതും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കാര്യം നടത്തിയിട്ട് വന്നിട്ടുണ്ട് അതിലെ വിശ്വം വിഷ്ണൂർവ എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത് വിശ്വം എന്ന ശബ്ദത്തെ വ്യാഖ്യാനിച്ചു കണ്ടപ്പോ തന്നെ ഗുരു ഞെട്ടിപ്പോയിണ്ട് പിന്നെ നമസ്കാരാദികൾ കൊടുത്തിട്ട് ആവാം എന്ന് പറയും അപ്പൊ വരവേ അങ്ങനെയാണ് ഒരു വരവ് നമ്മൾ കണ്ടുവല്ലോ മോതിരായിട്ട് വന്നത് അതുപോലെ നേരവിരുദ്ധമായിട്ടുള്ള വരവ് വരവേ എല്ലാം കൊണ്ടാണ് അഷ്ടാവക്രനെ പോലെ പ്രഹ്ലാദനെ പോലെ അപ്പൊ അങ്ങനെ ഒരു വരവ് തന്നെ ഉണ്ടാവും അപ്പൊ അത്തരത്തിലൊരു എന്താ പറയുക ഒരു പ്രയാണം ഒരു യാത്ര ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു ഈ കേട്ടതിന് ഒരു തുടർച്ചയായി നമുക്ക് ധീമതാം കുലേവതി യോഗി യോഗിനാം ധീമതാം കുലേ ഏവ ഭവതി ഈദൃശം ജന്മ ഈദൃശം ജന്മ ഈ പ്രകാരത്തിലുള്ള ജന്മം ജനനം യത് ഏതത് ലോകേ ദുർലഭതരം ഈ ലോകത്ത് അങ്ങേയറ്റം ദുർലഭരം എന്തുകൊണ്ട് നമ്മൾ ഉഗാണ്ടയിലൊന്നും ജനിച്ചില്ല പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ ഇല്ലേ ആധ്യാത്മിക പുരുഷന്മാർക്ക് എത്ര എത്ര ആധ്യാത്മിക പുരുഷന്മാർക്കാണ് പുരുഷന്മാരെ സ്വാമി പറയുമ്പോൾ വനിതകൾ പെടില്ല എന്നില്ല അതായത് അവർക്കൊക്കെ ജന്മം നൽകിയ ഗർഭം ധരിച്ച അമ്മയാണ് കേരളം എന്ന് പറയുക ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് വെറും ഒരു ടൂറിസത്തിൻ്റെ ഇതിൽ മാത്രമല്ല എത്രയോ ആളുകൾ എത്ര പേരുണ്ട് ഇവിടെ നമ്മൾ ശങ്കരാചാര്യർക്ക് മുൻപ് എണ്ണിക്കഴിഞ്ഞാൽ തന്നെയുണ്ട് പല ജ്ഞാനികളെയും ജ്ഞാനി എന്ന് പറയാൻ പോലും നമുക്കറിയാതെ നമ്മൾ ഭ്രാന്തനെന്നാണ് പറഞ്ഞത് നാറാണത്ത് ഭ്രാന്തൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ള അപ്പം നമ്മുടെ ഈ കേരളത്തിൽ ജനിച്ചു എന്നതും അതുപോലെ മറ്റ് പല ആളുകളുടെ എന്താ ഒക്കെ ഒരു സമ്പർക്കം നമുക്ക് വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയുക അപ്പം ആലോചിച്ച് നോക്കണം നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ സ്വാമികൾ അതുപോലെ മഹാത്മാക്കൾ ഒരുപാട് മഹാത്മാക്കൾ ഇവിടെ എന്താ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരുപാട് അവരൊക്കെയായിട്ട് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള സമ്പർക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ അവരെയൊക്കെ കാണാൻ കേൾക്കാൻ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇതിൻ്റെ ഫലമാണ് എന്ന് അല്ലെങ്കിലോ അതിപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും അത് ഉണ്ടാവില്ല അതായത് ഭഗവാൻ തുടർന്ന് പറയണു कार्य विशदी त्रम बुद्धि संयोग लौर्देह ये संसिधनंद त्रम बुद्धि संयोग लौर्देह यूय संसिध हे कुन ഹേ ഗുരുനന്ദന അർജുന തത്ര അതിൽ ആ ജന്മത്തില് നമ്മുടെ തുടർ ജന്മത്തില് പൗർവദേഹികം പൂർവദേഹത്തിലുണ്ടായ അർജുനൻ ചോദിച്ചിട്ടുള്ള സംശയത്തിന് ഭഗവാൻ ഉത്തരം പറയുക കൊണ്ട് ശ്രദ്ധിക്കണം അല്ലാതെ പുനർജന്മത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ശാസ്ത്രത്തിന്റെ താത്പര്യം ഈ ജന്മത്തിൽ തന്നെ ഈ സത്യം സാക്ഷാത്കരിക്കുക ഇതായിരിക്കണം ഒടുക്കത്തെ ജന്മം അതുകൊണ്ട് ഇവിടെ വെച്ച് നാം ഈ പൂർണ്ണതയെ പ്രാപിക്കേണ്ടതുണ്ട് എന്നിട്ട് നമ്മുടെ എല്ലാ എന്താ പറയുക കാമനകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് എല്ലാമായി തീരേണ്ടതുണ്ട് നമുക്ക് അപ്പൊ തത്ര പൗർവദേഹികം അതിൽ പൂർവദേഹത്തിലുണ്ടായ മുൻജന്മത്തിലുണ്ടായ മുൻപ് ചെയ്തു വെച്ചിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു തമാശ ഈ എന്താ ഒരു ഈ വിഷയത്തിലുണ്ട് അതായത് ഒരു ക്ലബ്ബിന് ആർഡ്സ് ആൻഡ് സ്പോർട്സ് ഫ്രണ്ട്സ് ആൻഡ് ആർഡ്സ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഓരോരോ ചെറുപ്പക്കാർ രൂപം കൊടുക്കുന്ന സംഘടന അപ്പൊ ഇവർക്ക് ആരെയും സ്വാമി ഇതാക്കി പറയില്ല ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം അപ്പൊ അവർ ചില സമയത്ത് അവരങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കും അപ്പൊ ഒരു ക്ലബ്ബ് എഴുന്നേറ്റു ഗാന്ധി ജയന്തി പ്രമാണിച്ചിട്ട് അപ്പം വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ചെയ്തുകൊണ്ട് തങ്ങള് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യം അപ്പൊ അവർക്ക് തോന്നി എന്തെങ്കിലും ഈ ഗാന്ധി ജയന്തിക്ക് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അവരെ ആലോചിച്ചു നമ്മുടെ ഈ സിറ്റിയില് എല്ലാവരും അറിയ എല്ലാവരും കാണുന്ന ഒരു ഭ്രാന്തനെ പോലുള്ള ഒരാളുണ്ട് കുളിക്കാതെ താടിയൊക്കെ നീണ്ട് കാണുന്നതേ ഒരു ആളുകൾക്കൊരു ദുശകുനമായിട്ട് ആളുടെ ആളെ കണ്ടുകഴിഞ്ഞാൽ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം നാറും അങ്ങനെ ഇരിക്കുന്ന അയാളെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഷെയ്വ് ചെയ്ത് അയാൾക്ക് നല്ലൊരു പാൻറ്റും ഷേർട്ടും ഒക്കെ നന്നായിട്ട് അല്ലെങ്കിൽ ഇവർ വിചാരിച്ചൊരു എന്താ ജുബയും മുണ്ടും ഒക്കെ കൊടുക്കാം ഒന്ന് ഉഷാറാക്കാം എന്നിട്ട് അദ്ദേഹത്തിന് അന്ന് വൈകുന്നേരം സ്റ്റേജിൽ എന്താ പറയുക അദ്ദേഹത്തിന് ആദരിക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പറയാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കിടപ്പാടം എവിടെയെങ്കിലും ഒരു ഒരു സെൻറ്റ് എന്തെങ്കിലും മറച്ചു കെട്ടി കൊടുക്കണം അപ്പം നമ്മുടെ ഗ്രാമത്തിൽ ഈ സിറ്റിയിൽ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടുപോകുന്ന ഒരാളാണ് അദ്ദേഹം എത്രയും വർഷമായി നമ്മുടെ ഗ്രാ നമ്മുടെ നാട് വിട്ടുപോകാത്ത അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ രണ്ടാം തീയതി ഇവരദ്ദേഹത്തിനെ കുളിപ്പിക്കാൻ തീരുമാനിച്ചു പൈപ്പിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തി അവരങ്ങോട്ട് തുടങ്ങി ആദ്യം വണ്ടി സർവീസ് ചെയ്യുന്നു കണ്ടിട്ടുണ്ടോ അതുപോലെയായിരുന്നു പിഷ്ക പിഷ്ക പിഷ്ക എന്നൊക്കെ ആക്കിയിട്ട് ഇതെന്ന് അങ്ങനെ തുടങ്ങി അങ്ങോട്ട് ചളി ഒഴുകാൻ അങ്ങനെ കളാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് സോപ്പൊന്നും ഇടാൻ പറ്റില്ലേ സോപ്പിനെ വേറൊരു സോപ്പ് രൂപത്തിലായിട്ടുണ്ട് പിടിച്ചാൽ പഴുക്കി കളിക്കും അപ്പൊ സോപ്പ് സോപ്പും ചെയ്യില്ലല്ലോ അതുപോലെ അങ്ങനെ ഇരിക്കുക അവർക്ക് ആർക്കോ തോന്നി അദ്ദേഹം അങ്ങനെ നന്നായിട്ട് ഇരുന്ന് കൊടുത്തു അങ്ങനെ അവർക്ക് തോന്നി ഇതിനെങ്ങനെ എന്താ പറയുക ഇത് പെട്ടെന്നൊന്നും പോകുന്നില്ല അപ്പം അവിടുന്ന് അവിടെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചിരട്ടയുടെ കഷ്ണം ഉണ്ടായിരുന്നു അതെടുത്ത് ഇങ്ങനെ മെല്ലെ വരണ്ടാൻ തുടങ്ങിയ അദ്ദേഹത്തിന് ഒരു വേഷമില്ല ഒരു ഇക്ലിയോ ഒന്നുമില്ല അതേ ഇങ്ങനെ അങ്ങനെ ഇരുന്നു കൊടുത്തു അപ്പോൾ അങ്ങനെ ശരിക്കിങ്ങനെ വരുന്നുണ്ട് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വെള്ള നിറത്തിലെന്തോ ഇങ്ങനെ പൊടിയാൻ തുടങ്ങി അപ്പൊ അവർക്ക് പേടിയായി എന്റെ ഈശ്വര ഇത് പോയത് തോലാണോ അങ്ങനെ എന്തോ ആണോ അപ്പൊ ഇതിങ്ങനെ അടർന്നടർന്നു വരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് ഇത് എന്താ ഇത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് പത്താമത്തെ വയസ്സിൽ പിറന്നാളിലെ അമ്മ ഇടിയിൽ ചെന്ന ബനിയനാണ് അത് ഓർമ്മയുണ്ട് അത് അഴിച്ചിട്ടില്ല അപ്പൊ അത് ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് പ്രകടമായി മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ഇട്ടുവെക്കുന്നത് പ്രകടമാകും പ്രകടമാകാതിരിക്കില്ല ആരെങ്കിലൊന്ന് എന്താ പറയാ എന്തെങ്കിലും ഒന്ന് ചെയ്യണം തോണ്ടണം എന്ന് പറയാം ഈ തോണ്ടൽ ഈ ഇക്ളിപ്പെടുത്തലാണ് തോണ്ട എന്ന് പറയില്ലേ മലയാളല്ലേ അത് അതെ ഈ ഇക്ളിപ്പെടുത്തലാണ് ഗീത ഭഗവാൻ പറയുന്നത് അങ്ങനെയുണ്ട് ഒരാള് ഒരു എന്താ ഈ മൃഗശാലയില് മൃഗശാലയില് പോയിട്ട് അപ്പൊ മൃഗശാലയിലെ കങ്കാരു കങ്കാരുവിന് ഭക്ഷണം കൊടുക്കുന്ന ആള് കങ്കാരു എടുത്ത് ചാടി ഒരു ഒറ്റ ഓട്ട എങ്ങോട്ടോ ഓടിപ്പോയി അപ്പൊ അതിന്റെ വാച്ചർ അത്ഭുതപ്പെട്ടു ഇത് എങ്ങോട്ട് പോയിരുന്നു നോക്കുമ്പോ അവിടെ ഒരു സ്ത്രീയുണ്ട് അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്തു കങ്കാരുവിനെ ഒന്നുമില്ല ഞാൻ വെറുതെ നിക്കിളിയാക്കിയതാന്ന് അപ്പൊ അയ്യോ എനിക്കാണല്ലോ അവനെ പിടിക്കേണ്ട ചുമതല നിങ്ങളൊന്ന് വേഗം എന്നെ ഇക്കിളിയാക്കും ഞാൻ നിർത്തിയൊന്നുമില്ല എന്ന് പറയാ എന്റെ ജോലി പോകുന്ന പ്രശ്നമാണ് ശരി ഒന്ന് ചൊല്ലു നാൽപ്പത്തി മൂന്നാം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹികം യതത്തെ ചതകോ ഭൂയ അല്ലയോ അർജുനം അതിൽ ആ ജന്മത്തിൽ പൗർവദേഹികം മുൻ പൂർവദേഹത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള മുൻ ജന്മത്തിൽ എന്തൊക്കെയാണോ നേടിയിട്ടുള്ളത് അതിനനുസരിച്ച് തം ബുദ്ധി സംയോഗം ആ അറിവിനോടുള്ള ചേർച്ച ഹേതുവായി ലഭതേ ലഭിക്കുന്നു ഇത് ആധുനിക ശാസ്ത്രം വൈദ്യശാസ്ത്രം വളരെ ശ്രദ്ധാപൂർവം ഈ വിഷയത്തിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികള് വളരെ ചെറുപ്പത്തില് സംഗീതത്തിന്റെ എന്താ പറയുക എത്രയോ വർഷങ്ങളെടുത്ത് പഠിക്കുന്ന രാഗവും താളവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെറിയ കുട്ടികൾ അങ്ങനെ പറയുന്നു രാഗബോധവും താളബോധവും ഒക്കെ ഇത് എത്ര നെനക്കെട്ട് പഠിപ്പിച്ചിട്ടും എന്താ പറയുക പാട്ട് ടീച്ചർ മതിയാക്കി പോകുന്ന കേസ് അത് വേറെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളിവിടെ ക്ലിൻറ്റ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഇല്ലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന കുട്ടി വരയ്ക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ പഴയ പൗരാണികമായിട്ടുള്ള ഹൈന്ദവ ഒരു ബിംബങ്ങളെയാണ് ആ കുട്ടിയുടെ സംസ്കാരം നോക്കിക്കഴിഞ്ഞ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ സംസ് സംസ്കാരത്തിൽ ജന ജനിച്ചിട്ടുള്ള കുട്ടിയാ അങ്ങനെ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള പേരണ ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ കുട്ടി ചിത്രങ്ങൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇങ്ങനെ നിരന്തരം വരച്ചുകൊണ്ടിരിക്കുന്നു അംഗവൈകല്യങ്ങളുള്ള കുട്ടികൾ പോലും ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ഇതുപോലെ സ്വാമി ഒരിക്കലും ഒരു ന്യൂസ് കേട്ടു ആറ് വയസ്സുകാരന് ആയ ഒരു പയ്യൻ എന്താ പറയാ അവൻ വീട്ടിൽ വണ്ടി എടുത്തിട്ട് തിരുപ്പതിക്ക് വന്നു അത്ര വരെ ഒരു കുഴപ്പമില്ലാതെ എത്തി ഒരു പകുതി വഴിയിൽ ഹൈവേയിൽ പോയ കേസായിരിക്കാം തിരുപ്പതിക്ക് പോകുന്ന ചിലപ്പോൾ അപ അതാ പറയുക അപാരമായിട്ടുള്ള പല കഴിവുകളും സിദ്ധികളും ഇതിനെക്കുറിച്ച് വൈദ്യശാസ്ത്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന ഗീതയിൽ പറയുന്ന ഈ ആധ്യാത്മിക അറിവ് മാത്രമല്ല ഏതറിവുമായിട്ട് ഏതറിവിലേക്കുള്ള പ്രയാണത്തിലാണോ ഇത് സംഭവിച്ചത് ഒരു മൃതി സംഭവിച്ചത് അതിനെ പൂർത്തീകരിക്കുന്നതിനായിട്ട് വീണ്ടും ഒരു യാത്രയുണ്ട് എന്ന് പറയുന്നത് ഏത് വിഷയത്തിലും ഗീതാപ്രമാണം അനുസരിച്ച് ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കും പൗർവദേഹികം തം ബുദ്ധി സംയോഗം അപ്പൊ ഏതറിവിനെയാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് തത്ര അവിടെ തം ബുദ്ധി സംയോഗം ലഭതേ ആ അറിവിന്റെ ചേർച്ച ഹേതുവായി എന്തുണ്ടാകുന്നു ഭൂയഹാച്ച പിന്നെയും വീണ്ടും ആ യോഗഭ്രഷ്ടൻ സംസിദ്ധൗ യതേ നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംസിദ്ധൗ ആ യോഗ സിദ്ധിക്കായി അതിൻ്റെ പൂർണ്ണതയ്ക്കായി പൂർത്തീകരണത്തിനായി യഥത്തെ യത്നിക്കുന്നു അവന് യത്നിക്കാതെ പറ്റില്ല എന്ന് പറയാം അതുകൊണ്ട് അവൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അവന്റെ പ്രയാണം അവൻ എന്ത് വേണം അവന്റെ ഒരു ചെറിയ ഭാഗം എന്നല പറഞ്ഞുവല്ലോ അവന്റെ ഒരു ചെറിയ ഭാഗം ചെറുവിരൽ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ അവൻ എന്ത് വേണം ഇതിനെ മുഴുവൻ പൊട്ടിക്കേണ്ടതുണ്ട് മുഴുവൻ പ്രകടമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവന്റെ പ്രയാണം തുടരുന്നു തുടർന്ന് പൂർവാഭ്യാസേനുര പൂർവാഭ്യസ ഹൃദേഹി അവശ അപ്പ സഹ ജിജ്ഞാസു അതി യോഗ ശബ്ദബ്രഹ്മ അതിവർത്ത അവശ അതിശ എന്ന് പറഞ്ഞ അവശനാണെങ്കിലും എങ്ങനെയാണ് അവശത പറഞ്ഞു കാര്യത്തെഹ്യവശ കർമ്മ സർവപ്രകൃതിജൈ ഗുണൈ മൂന്നാം അധ്യായത്തിൽ എല്ലാവരും അവശരായിട്ട് പ്രകൃതി ഗുണത്തിനനുസൃതമായിക്കൊണ്ട് കാര്യദേഹി കർമ്മ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണോ അപ്പൊ അവശ അഭി അവശനാണെങ്കിലും തേന പൂർവാഭ്യാസേന ആ പൂർവജന്മത്തിലെ അഭ്യാസം ഹേതുവായി അതിങ്ങനെ തന്നെ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കും ഈ പലർക്കും പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ വന്നിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ചിലപ്പോ വിദേശത്തൊക്കെ പോയാൽ പോലും തോന്നും ഇവിടെ ഈ ഒരു തെരുവിൽ ഇതിൽ ഇവിടെ ഞാൻ പണ്ടിട്ടു ചിലപ്പോ നിങ്ങൾ അവിടുന്ന് ആയിരിക്കും ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ഞാൻ വന്നു ഇത് നല്ല പരിചയമുണ്ടല്ലോ ചില പുതിയ പാട്ടുകൾ കേൾക്കുമ്പോ ചില സംഗീതം ചില ഇതൊക്കെ കേൾക്കുമ്പോ ഓ ഇത് എവിടെയോ ഇങ്ങനെ എന്താ പറയുക ഇവിടെ പറയണം പൂർവാഭ്യാസേന മുൻപ് കിട്ടിയിട്ടുള്ള ആ അഭ്യാസം ഈ ഒരു ഉദാഹരണം ഓർത്താൽ മതി നിങ്ങളത് ചെയ്തു ആരെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് എന്തായിരുന്നു ചിന്ത എന്ന് ഉണർന്നു കഴിഞ്ഞപ്പെങ്ങനെയുണ്ട് ആ ചിന്ത ഉണ്ടോ ഇല്ലേ നോക്കി നോക്കൂ ഞാൻ ഒരു ചിന്തയില്ലാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി സ്വാമി ഉണർന്നത് വേറെ ആരോ വിളിച്ചിട്ടില്ല ആവട്ടെ പരാ പരാജയപ്പെടണ്ട എന്താ ആ പരാജയ ബോധം വേണ്ട ആലോചിക്കൂ വീണ്ടും ആലോചിച്ചോളൂ ദിവസവും ശ്രമം നടത്തും ഒരു ദിവസം നമുക്ക് മനസ്സിലാവും ഓ ശരിയാണല്ലോ സ്വാമി പറഞ്ഞത് ശരിയാണ് ഇന്നലെ ആ ഉറങ്ങാൻ പോയ ചിന്ത തന്നെയാണ് ഉണർന്ന സമയത്ത് ഇതാണ് ഇതാണ് ജന്മം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വേദാന്തത്തിന് അതിനത്ര ഊന്നൽ നൽകുന്നില്ല എന്നാലും അതൊരു അതിലും വലിയ കാര്യങ്ങളാ പറയാൻ പോണോ അപ്പൊ നമ്മൾ ഈ പോക്കിന്റെ ഇടയിൽ നമ്മൾ വേണ്ടത്ര ഒന്നും ചെയ്തിട്ടില്ല എങ്കിലോ ഇതൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിലോ വെറുതെ ജനിച്ചേ ഉള്ളൂ തുടങ്ങിയിട്ടില്ല നമ്മൾ പരിപാടിയെ തുടങ്ങിയിട്ടില്ല എന്നാണ് ജന്മം ഒരവസരം മാത്രമാണ് ജന്മെന്നുള്ളത് എന്താണ് ഒരു അവസരമാണ് അത് അതിൻ്റെ സാ അതിൻ്റെ ഇനി ആവിഷ്കരിക്കണം വളരേണ്ടതുണ്ട് ഈ പ്രയാണം ഈ സംസ്കാരം നേടേണ്ടതുണ്ട് ഇതിവിടെ വെച്ച് നേടിയിട്ടില്ലെങ്കിലോ ഇത് പിന്നെ എവിടെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് വലിയൊരു യാത്രയാണ് ഇതിങ്ങനെ പോകണം ഒരുപാട് അപ്പം ഇവിടെ വെച്ച് ഈ ഒരു പൂർണ്ണതയിലേക്കുള്ള വരവ് ഇവിടെ വെച്ചൊക്കെ ഇത് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തോന്നും എന്താപ്പം കുഴപ്പം എന്ന് പൂർവാഭ്യാസം അവനെ എന്ത് എന്താക്കുന്നു സഹ അവൻ ഹ്രിയതേ ഹ്രിയതെ എന്ന് പറഞ്ഞാൽ ആ യോഗത്തിലേക്ക് അവനെ ആകർഷിക്കപ്പെടുന്നു പൂർവാഭ്യാസമാണ് അവനെ ലോകത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഏത് യോഗം പരമമായ സത്യത്തിലേക്ക് യോഗസ്യ യോഗസ്യ എന്ന് പറഞ്ഞാൽ യോഗത്തിന്റെ ജിജ്ഞാസുഹു അഭി ജിജ്ഞാസു ആയിട്ടുള്ളവൻ പോലും ശബ്ദബ്രഹ്മ ശബ്ദബ്രഹ്മം എന്ന് പറയുമ്പം പല അർത്ഥങ്ങളാണ് ഈ ശബ്ദത്തിന് വേദോക്തമായിട്ടുള്ള കർമ്മത്തെയെന്നും ശബ്ദബ്രഹ്മെന്ന് പറഞ്ഞാൽ വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ അതിനെയൊക്കെ ആ കർമ്മഫലത്തെയും കർമ്മത്തെയും അതിവർത്തത അതിവർത്തിക്കുന്നു അവനെന്ത് ചെയ്യുന്നു ആ പരമമായ സത്യവുമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്തുകൊണ്ട് പൂർവാഭ്യാസം കൊണ്ട് അപ്പൊ ഈ അഭ്യാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് അതിനു പകരം നാം ഈ എന്താ പറയുക ഈ പല മാറ്റങ്ങളും അതും ഇതും ഒക്കെ നടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞാലൊന്നും കാര്യം ശരിയാവില്ല എന്ന് പറയാം